യിരത്തിഴുപത്തെട്ടിൽ ജനനം അവലത്തിന് നാൽപ്പത്തിനാലിലാണ് ഇരുന്നൂറ്റിയേഴിൽ ഒമ്പത് അറുപത്തിമൂന്ന് വയസ്സാണ് മൂപ്പർക്ക് മൂപ്പർക്ക് എഴുപത്തിമൂന്ന് വയസ്സാണ് അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ടിന്റെ എന്ത് കിട്ടണോ എഴുപത്തിമൂന്ന് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ്റിയൊന്ന് ആയിരത്തി എഴുന്നൂറ്റി ഒന്നിന് മുന്നണ്ണ നൂറ്റാണ്ടിന്റെ നടക്കത്തിലേ ഇരുന്നൂറ്റിയേഴിലാണ് ചെയ്ത് മൂലം കുപ്പാലെ തങ്ങളുടെ ഒപ്പാത്തത് രണ്ടാളും അതേ നാളത്തുണ്ട് ഒരാൾ കേരളത്തിലാണ് മറ്റേ ആളുള്ളത് ഈശ്വരൽ ആണെന്ന് മാത്രം അപ്പാത്തിന് ശേഷം പോലും തട്ടകൊപ്പാത്ത അവരത്തിൽപ്പെട്ട മഹാനായി നഹു ചേർത്തിയുടെ നിയമം എല്ലാം അപ്പുറ മതകും മുപ്പുറ ഒന്നാമത്താലെ നമുക്ക് തകർത്തത്തക്ക രീതിയിൽ നമുക്കത് പോകണം ഒന്നാമത്താലാതുകൊണ്ട് നമ്മളെല്ലാവർക്കും സഹായിച്ചു ഷാരി ആ മൂപ്പറ ശിഷ്യനാണ് സാവി സവിക്ക് ഇവിടെ തഫ്റിന്റെ ഭാവിയില്ലേ പിന്നെ വളരെ തേക്കുള്ളൊരു കിതാബ് തക്കീർ ദേവി വളരെ മഹത്വമുള്ളൊരു കിതാബാണ് أرموه الإسلام حين بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين دع يلي سرحي بسم الله الرحمن الرحيم الحمد لله الذي نور قلوبنا بمعرفه اقائد التوحيد وحضر قولنا من رزقه شوامن رزقه شوائب التقليد والصلاه والسلام على سيدنا محمد صلى الله عليه وسلم المهيض بالمعجزات الباهره അഹമ്മദ് അവരെന്തൊക്കെ സൂചിപ്പിച്ചു ഒന്നിൻ്റെ എന്നത് കൊണ്ട് കൽവിന് നൂറാനി എത്തിനെ സൂചിപ്പിച്ചു പിന്നെ പിന്നാണ് അതിനപ്പുറം ആ ഹാറാന്നു പറഞ്ഞു ഹാറ ഇത് എന്തണ്ട് വേറൊരാളെ തക്കലീലാക്കുന്ന അക്കായി തക്കലീട് പാടില്ല എന്നാണല്ലോ അതേപോലെ താപ്പിക്കായ പോലെ തന്നെ അക്കായി തക്കലീട് പറ്റൂലെന്നാണ് അപ്പോൾ ഈ കക്കലീട് എന്നുള്ളതൊരു അടിമത്വം ആ അടിമത്വത്തിനെ തൊട്ടല്ല കൽവ് മോചിപ്പിച്ച് ഗവീലയെ പിന്നെ വസ്തനാത്ത് വസ്ത്ര പോലെ തുടങ്ങിയ ചില സീദിന മുഹമ്മദി ബിൽ മജിദാത്തിൽ ബാഹിറ എന്ന് പറയുന്നതിനാണ് ലാഹിറ മുഹമ്മദ് കരിമുണ്ടല്ലോ രണ്ടാം കരിമ രണ്ടാം കരിമല സ്ഥാപിക്കപ്പെടുന്നതിനെ കൊണ്ടാണ് മസ്ജിദാത്ത് കൊണ്ടുവന്നത് അപ്പൊ അതിന്റെ ദലീലാ ഉപ്പുറം പറഞ്ഞു ബിൽ മജിദാത്തിൽ ബാഹിറ എന്ന് പറഞ്ഞു അതിനുശേഷം നമുക്ക് ദീൻ കിട്ടേണ്ടവടെന്നാണ് നബീസ് അമീരത്തിലെ കണ്ടോറല്ല നമ്മളത് അസാവിമാറിൽ കൂടിയും ആര് എന്ന് പറഞ്ഞ അന്മാക്കിയൊക്കെ അയ്മത്തല്ല ഉൾപ്പെടെയല്ലേ അവരുടെ വാസ്യത്തിൽ കൂടിയാണ് എമ്മക്കൻ തന്നെ അതായത് ഒരുപെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നു ആ കിട്ടുന്നതിന്റെ വാസ്യത്തനാ അമ്പത് അവർ ഉന്നതമായ സ്ഥാനവലിപ്പം ഉടയവരാകുന്നു അതാണ് അഥക ചരഹി പറഞ്ഞു അൽഹന്തതിയും ആനാക്കാണ് എങ്ങനെയുള്ള നമ്മുടെ ഹൃദയത്തിനെ അവൻ പ്രകാശിപ്പിച്ചിരിക്കുന്നു ഈ മാരിപ്പത്തി അക്കായി തോന്നിയിൽ തോലിയിലിന്റെ അക്കായു കളെ അറിഞ്ഞത് കൊണ്ട് അപ്പൊ തോന്നിയിലെന്നൊരു വിഷയമുണ്ട് നീനില് അതിന് അക്കായിട്ടുണ്ട് അക്കായുകളെ അതിന്റെ ശരീരമുഖേന അവയിലാണ് മാരിപ്പത്തി ഹൃദയത്തിന് എന്ത് കിട്ടി പ്രകാശം കിട്ടി മാത്രമല്ല വഹ റുക്കോല നമ്മുടെ അക്കലുകളെ മോചിപ്പിച്ച് സ്വതന്ത്രമാക്കി മീൻ ദീപകത്തിൽ വന്നാൽ കെട്ടുന്ന കാര്യം കുടുക്കി കെട്ടുന്ന കാര്യുണ്ടല്ലോ ആ കായലിൽ നിന്ന് എന്തിന്റെ കാര്യം ഷവാഇബിസ് തക്കലീദ് വേറെ ആളെ ആശ്രയിച്ചിട്ട് ഇങ്ങനെ തക്കലീദാക്കി ജീവിക്കുന്നുണ്ടല്ലോ ആ തക്കലീദിന്റെ എല്ലാ കളർപ്പുകളാകുന്ന കാര്യങ്ങളെ തൊട്ടിട്ട് അന്നാതെ നമ്മളെ അതിന്റെ ഓറു പുറത്തേക്ക് കൃത്യ ചെയ്തിട്ടുണ്ടാക്കി നല്ല വേനൽ അസഹാതിമാരുടെ അക്കാദ ഉണ്ടാക്കി ഫുഹാനിന്റെയും അറിയത്തിന്റെയും മിജുമാറിന്റെയും എല്ലാ അടിസ്ഥാനത്തിൽ അസഹരിയാക്കിയിട്ട് പന്നാക്കി തിരിച്ചുന്നേ ഉള്ളു അതോ മറ്റുള്ളതിനെ പാറ്റി പറക്കിട്ടെല്ലാം കളഞ്ഞിത് ഇവിടെ ശരിയാക്കുന്നത് പാക് ചെയ്യാത്തളെ പിന്നെ ചെയ്യാത്തലെ എല്ലാ ആക്കായി പുറന്തള്ളിയിട്ട് ഇതാണ് നമ്മളെ വീണ്ടും ഇട്ട് വേർതിരിച്ച് കാണിച്ചാൽ മേയുന്നു ഓർമ്മീകൾ എത്രയൊന്നും ആക്കായില്ല അവചരിക്കുക നേരെ ലക്ഷകളെ തന്നെ വിശ്വസിക്കുന്നുണ്ട് പേരിൽ إنها تنبياء المعيدي كانت الله تعالى تكتبت تلك بالمجزات الباهرة اللي وغطة ينن نمي لنكنا ماسلع لغن الله عبر فيك تتردي ذير اللي معجزات قد لكن عالين لما صحابين لما صحابين لما صحابين وشعوراء قول المناقب الفاقراء دنيا بلماخرتين مال الاسنة دماء مرتبه الورية وراغنو آل مسحابين ഇരി ചാരി എന്ന് പറഞ്ഞ നേനെപ്പെട്ടിട്ട് നോക്ക് ഉള്ളം അൽഹംദുലില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅശഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഹദുഹു ലാ ശരീക ലഹ് സഹാദത്തൻ തം കോ ഇലാ യൗമിദ്ദീൻ ഇയാറുന്നാള വനറബത്ത ക തദീവീലുള്ള സഹാദത്തിനെ ആണ് ആചമിക്കനദോ അങ്ങндай ആചബത്ത് നമ്മളിലേക്ക് സൂചന നടന്നു മുറിഞ്ഞാ പിന്നെ ആചബത്ത് ഉൾപോവണ്ട ഞാൻ വന്ന ആളുകാരൻ നിൽക്കണം അല്ലാഹ് അബുദാകുന്നു അറസൂടുമാകുന്നു അതിനുശേഷം സ്ഥലത്ത് എന്നും പറഞ്ഞു ഇതെല്ലാം പറഞ്ഞതിന്റെ ശേഷം അടുത് എന്തിനിക്കുന്നു എല്ലാ കുറ്റങ്ങളും മാപ്പാ കടവേ എന്ന് റബിന്റെ വക്കൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ബക്കീർ ആരാണത് അഹമ്മദ് ബിനു മുഹമ്മദി എന്നവരും അഹമ്മദ് മാപ്പാന്റെ പേര് മഹമ്മദ് മദബ മാലിക്കാദീൻ എന്തിനേക്കാൾ ഇസ്ബാന്ന് വളരെ വ്യക്തമായി തിന്നിട്ടില്ല അമേലിയാണോ അല്ല നാടോന്നോ എന്താ ഓറ് പറയുന്നത് എപ്പോഴും ഒന്നും അപ്പോഴും പറയണ്ടേ ലമ്മാക്കാനും കുടുംബത്തിന നമ്മുടെ അള്ളാഹുവിനേക്ക് നമ്മുടെ മാതൃകായോഗ്യനായ നേതാവുണ്ടല്ലോ عمرهم آية على عبالبركات السيخ أحمد الدردير رضي الله وإنجان ومفرقه يقوى استاذوا عبالبركاته نورة ونجد تار السيخ أحمد الدردير نعنا عربه دي تيسند بيدي عبره دي شرح آية قول أولا قبل شرحه دي كنت دي على رسالته وره دي رسالته المسمى بالخريدت المهيتي في علم التوحيد ാണ് ഇവീദിന്റെ വിഷയത്തിൽ പേര് കൊണ്ട് പേര് ഒക്കപ്പെട്ട അവർ ഇസാര എഴുപത്തൊന്ന് വരില്ല ഒരു ബൈറ്റ് എഴുതിയിട്ടുണ്ട് അരി ചെയ്ത് ഓർന്നെ ഒരു ചിറക് എഴുതിയിട്ടുണ്ട് അപ്പൊ പൊത്തോന്മിന്ന വഴിയായി പുറത്തുണ്ടായി ആദ്യം ഓർവനുണ്ടാക്കി ചെറുകോർന്നുണ്ടാക്കി അപ്പൊ യാകത്ത് ഉണ്ടാക്കുമ്പോൾ ഊപ്പറുണ്ടാക്കുന്നു ചെറഹിനും ബൈസിനും കൂടി ചിറഹ ഉണ്ടാക്കുന്നു എന്തായപ്പോൾ ചരഹയുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചരഹയിൽപ്പെട്ടതായി തീർന്നിട്ടുണ്ട് അരുതെന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ സാധാരണ മരക്കൊമ്പിന്റെ പേരുണ്ടല്ല ഈ കായ്ക്കുന്ന നട്ടാകുളക്കുന്ന മരക്കൊമ്പിലല്ല കരിത സാധാരണ വരും അതുപോലെ തന്നെ വെറുതെ പേരുണ്ടല്ല ഈ മുഖർവത്ത് പുതിയ പുതിയ വണ്ണങ്ങളില്ലേ ഇപ്പൊ ചമിച്ചിട്ട് മുഖഅറിക്കൂടപ്പെട്ട അതൊക്കെ പറയും വർക്കുണ്ട് ഇവിടെ ഒരു മുക്കിനെ കൊണ്ടു സൂചിപ്പിക്കുന്നു കിളങ്ങുന്ന മുക്ക് ഈ കറങ്ങി തന്നെ മൂപ്പറ കാലത്ത് നടന്നിട്ടുണ്ടെന്ന മുത്തലിഫിന്റെ കാലത്ത് തന്നെ അല്ല വക്കത് കറു ഹാലി ഹയാത്തിരി മൂപ്പറ ഹയാതന്നെ അത് ഓടിക്കപ്പെട്ടിട്ടുണ്ട് അത് നമ്മള് ഏറ്റുവാങ്ങിയിട്ടുണ്ട് ബിൽ ഹാരിച്ചി ഹാലോ എന്നതാ മൂപ്പറ അവസ്ഥ അതായത് മൂപ്പറ ആ വിഷയം ഉൾക്കൊണ്ട ആളുവാണ് അതിൽ ഊപ്പറവ് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ മൂപ്പറ ജീവിതത്തിൽ കൂടിയും മൂപ്പറ വാക്കിൽ കൂടിയും ഞാനെന്താക്കിയിട്ടുണ്ട് അത് ഏറ്റുവാങ്ങിയിട്ടുണ്ട് അപ്പൊ നേരെ കേസായി അങ്ങനെ കാമത്ത് ബിന നമ്മളെ കൊണ്ട് നിലനിന്നു ദിൽ ഇലാഹിട്ടു ായ ചില പ്രേരണകൾ അള്ളാന്റെ പൊക്കത്ത് ചില ഇൽഹാമുകൾ ഈ കിസാബ് ഓതണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ മാത്രം വന്ന് ഇലാഹിയായ പ്രേരണ അപ്പോൾ നമ്മുടെ ജീവിതകാലത്ത് എത്തിയിട്ടുണ്ട് ഞാൻ എതിർത്തിട്ടുണ്ട് ഇപ്പോൾ പ്രശ്നം മൂപ്പറൊപ്പത്തിന് ശേഷം ിയായ പ്രേരണകൾ നമുക്ക് പിടികൂടിയിട്ടുണ്ട് അതൊന്നും കൂടെ ഓടണമെന്നും അതിന് ഹിദമത്തെടുക്കണമെന്നും അള്ളാവിന്റെ ചില പ്രേരണകൾ ഉണ്ടായി മാത്രമല്ല പലപ്പോഴും കൽപ്പിച്ചിട്ടുണ്ട് എന്റെ കിതാബ് നീ ഹിദമത്തെടുക്കണേന്ന് പറഞ്ഞു അല്ല ഒരു വട്ട മറത്തൻ അൽ മറത്തൽ ഒരു വട്ടം മാത്രമല്ല പല എന്നെ അറിയിച്ചിട്ടുണ്ട് അങ്ങനായപ്പോൾ ആന ഇപ്പോൾ ഞാനിതാ തുടങ്ങിയിരിക്കുന്നു ഈ താലിക്ക അത് ഓടാനും വീണ്ടും അതിഷറഹ്നായി അള്ളാന്റെ വക്കൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ബുധാലിതി ഉദ്ദേശിക്കപ്പെട്ട കാര്യം അള്ളാഹ് രസിക്കണമെന്നും ഭഗതൂകൽ മഹാലിതി എല്ലാ ആഗ്രഹങ്ങളും ഉപണിയണമെന്നും ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് മാത്രമല്ല മുട്ടവസ് എന്റെ ഉത്താദിനെ കൊണ്ട് ഞാൻ തപസുരാക്കി തോടുന്നു അതാ ഉത്താദി അഹമ്മർദി അഹമ്മാണ് ആ ആ ഉത്താദിനെ കൊണ്ട് തപസരാക്കുന്ന ആരിലേക്ക് ഇലൻ നബി സ്വന്തം ആകെ അഴിഞ്ഞിവസെ തങ്ങളിലേക്ക് വധി നബി സ്വല്ലം ആകെ അഴിഞ്ഞിവസെല്ലാം തങ്ങളെ കൊണ്ട് തപസിലാക്കുന്നു ഇലം വായിട്ട ആരിലേക്ക് ಪರಕೂರು ಅದು ನಾನು പറയുന്നത് ವಹವಹದಿ ವನಿಮಲ್ ವಕೀಲ್ ಆರಿ ಹೇಳಿ ಸ್ವಾಮಿಗಳು ಮೊತ್ತನಿಫು ರಬಿಯಲ್ಲಾಹುವಿನ ದಾದಿ बिस्मिल्लाहिर रहमानिर रहीम ಅಂತ ಹೊರಗೆ ಇತ್ತು ಅದನಕ್ಕೆ ತತಿ ಯಾಕ ನಾನು ಬರenda ಉಪರ ಅಂತ ಬರೆಯಂದ ಅಂತ ನಾನು ಅರೆ ಉಪವಾದ ಅಂತ ಬರೀಯಂ ಅದೊಂದು ತಯಯತಿಲ್ ಸಲาม ಅಲಲ್ ಬತ್ಮರತಿ ವಲ್ ಹಮ್ದಲತು ಇಸ್ಮಿ ಅಂದಕ್ಕೆ ಸಂಬಂಧ ಸೇಯಿ ವಿಶದಮಾಯ ಕಲಾಮ ಮೊವಲ್ ಹದ അതിൽ മുബല്ലൂട്ടി കൊടുക്കണം ശരിയാക്കണേ മുഹന്നി കലാരിഹിന്റെ ചേർത്തിട്ടാണ് അച്ചാരിഹി എന്ന് പറഞ്ഞില്ലേ കലാമുസ്താദ് മതിയായിരുന്നു അത് രണ്ടിനും മസിൻ്റെ സംസാരം കരുതുന്നുണ്ട് അപ്പൊ പറഞ്ഞു തന്നെ പറഞ്ഞോളൂ ഞാൻ എടുത്ത് അൽഹന്ദ അൽഹന്ദു പറഞ്ഞു അല്ലതി നവറ കൊറ അവിടെ പറ്റി എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലരിയെ പറ്റി പറയും നവറയെ പറ്റി പറയും കൊടുവിനെ പറ്റി മൂന്ന് ഗതിമത്വം ഇപ്പോൾ വ്യാഖ്യാനിക്കാൻ ഏതെല്ലാം ഒന്ന് അല്ലരി രണ്ട് നവറ മൂന്ന് കൊടു അല്ലനെപ്പറ്റി ആദ്യം പറയാം ആദ്യം ആ തുടങ്ങിയ വിഷയത്തിൽ എന്തുണ്ട് ൊരു പറയാന്ന് തുടങ്ങുന്നതിൽ തന്നെ എന്തുണ്ട് ഒരു തുടക്കം കുറിക്കലുണ്ട് നല്ല ഒരു എല്ലാ തഫാ കുടിക്കും അതായത് വിഷയത്തിലേക്ക് നടക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ വിഷയം കൊണ്ട് കിട്ടുന്ന നേട്ടത്തിനെ കുറിച്ച് പറഞ്ഞു വെക്ക അതിനെന്ത് പറയല് മറാത്തൻ എന്ന് പറയും തുടക്കത്തിൽ തന്നെ എന്റെ ആവശ്യങ്ങൾ പറഞ്ഞ ഇക്സിറ്റ് ആകില്ലേ ഇക്സിറ്റ് അങ്ങനെയാണ് കാസിംഹത്തിൽ ഈ അഖീലെല്ലാം നമ്മൾ നടത്തിയിട്ട് വന്നാൽ നമുക്ക് എന്താ കിട്ടാൻ പറ്റിയ ഹൃദയം പ്രകാശിക്കുന്നത് ആ പ്രകാശിക്കൽ എന്നത് ആദ്യം തന്നെ കാലയിൽ കൂട്ടി പറഞ്ഞു വെച്ചു ഇഷ്ടിത്തായി തന്നെ അപ്പൊ ഹസ്സിന് ഇഷ്ടിത്താറും വന്നു ബറാറ്റ് മുത്തലും വന്നു എന്തായി ബറാറ്റ് മുത്തലെന്ന് പറഞ്ഞാൽ അത് എഴുത്തി അൽ മുല്ലിഫോ ഒരു കിതാബ് ഉണ്ടാക്കുന്ന ആള് കൊണ്ടുവരിക അതിൽ അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ആളായിക്കോട്ടെ മസലൻ ഹസീബ് നിനക്കൊരു മസന പറഞ്ഞു നിനക്കൊരു ഒരു മുത്തക്കല്ലീമെന്നേ അർത്ഥമുള്ളൂ ാരനോ വരമൊഴിക്കാരനോ കൊണ്ടുവരിക എന്തിനാ കലാമിഹി അവടെ കലാമിന്റെ തുടക്കത്തിൽ തന്നെ കൊണ്ടുവരലാണ് അവടെ മക്സൂദ് എന്താണോ ഈ കലാമ് പറഞ്ഞാൽ എന്താണോ മക്സൂദിലേക്ക് എത്തുക ആ മക്സൂദ് കാളെ കൂട്ടിത്തന്നെ തുടങ്ങും അതാ പേര് മറാട്ടു മുത്തൽ അതാണോ ഇതാ നമ്മുടെ പ്രകാശിച്ച് അതന്നെ ആ ഏ അല്ലതിയെ പറ്റി പറയണ്ടേ ഇപ്പൊ ആ മൊത്തത്തിൽ ജുമിലിയെ പറ്റി പറഞ്ഞു ഇനി ഓരോ അജിതാക്കള് പറയട്ടെ ചെറിന്റെ ബോധം നോക്കണം എന്തോകളെ ചെറുന്ന് അറിയോ ഉം അല്ലതി ഇസ്മ മോസൂരിയാണ് മോസൂരാണ് ഇസ്മെന്ന് പറഞ്ഞില്ലേ ആ ഇനി ചോദിക്കുന്ന കുല്ലി ആണോ ജുസുഗി ആണോ അച്ച അല്ലേ അതിന്റെ സിലാപ്പുണ്ട് ജുസുഖിയാണ് വധആയ മാലാലും ആദ്യം വധൈ ചെയ്തതും ജുസുഖിന്റെ പിന്നെ ഇസ്ലിമാരോ ജു തന്നെയാണെന്നാണ് പോകുന്ന സയ്യദും അറുതും പോയത് സയ്യിദ് ഷരീഫ് ഉൽ ജോണിയാണ് സയ്യദ് അമുൽ മില്ലത്തിനാണ് അറുത് അക്കാദിന്റെ നിൽമുൽ കലാമിൽ വഴി അറിയപ്പെട്ട ആനാർപ്പെട്ട ആളാണല്ലോ എല്ലാ പനിലും ഒറ്റത്തായി അറിയപ്പെടുന്ന ആളാണ് അപ്പൊ അറുതും സയ്യിദും പറഞ്ഞതാണ് നാല് നാലറിഞ്ഞാല് കിതാബിന്റെ അല്ലാതെ അക്കായി പറഞ്ഞതല്ലേ അതല്ല അറുദ് സയ്യദ് സാദ് ി സയ്ദ്ശരീഫ് ജുർജാരി അതുമില്ലത്തെ വിദ്ദീനാന്നു ഒരു ആളുകൂടെ നോക്കിയിട്ടല്ല തനത് തനത് സയ്യിദ് സനത് അത് സാലാളുകളാണ് ഈ പന്നിന്റെ എല്ലാ കേമന്മാര് ഉണ്ടല്ലേ അപ്പൊ അതും സയ്യിദും പറയുന്നത് അല്ലതീ നല്ലത് മൊസൂലാൻ ഇസ്മാന്ന് തന്നെ വസാരം ഇസ്റ്റേമാരും അത് കൊച്ചപ്പെട്ടതും ജുതിക്ക് വേണ്ടിട്ടാണ് അതിന്റെ പെരുമാറ്റം തന്നെ ഈ ആയിട്ടാണ് പുല്ലിയെല്ലാം പക്ഷേ സയ്യദി സാദി സാദിന്റെ കൌലിനെതിരായിട്ടാ പറയുന്നത് സാരുദ്ദീൻ സപ്താദിന്റെ പറയുന്നു പ്രയോഗിച്ചാൽ ആ ജ്യുതി ആയിട്ട് വരികയും ചെയ്യും അതാ ജു ഇസ്തേമാല ജുതിയാണ് പുല്ലിയും എന്താണ് നമ്മൾ അതിനാണ് മന്ത്രിക്ക് ആദ്യം അതിന് അതിന്റെ ആ ഭാവ് ചർച്ച കഴിഞ്ഞ് പോയി പുല്ലയും മുട്ടവാദിയാവുന്നതും ഉച്ചാകുന്നതും അതിൽ ഇത്യാസും എല്ലാം പറഞ്ഞു കഴിഞ്ഞുപോയി ആ ഇപ്പൊ അത് അറിഞ്ഞില്ലേ യുദ്ക്കറു ഈ അല്ല ഇസ്മു മൂത്താ പറയാൽ അലി മാരിഫ് ആ ഒരു ഇസ്മു ആണ് ആ മാരിഫ് ആ ഇസ്മക്കെന്താക്കണം ജുംനെ കൊണ്ട് മൊത്തം പറയണം അപ്പൊ അല്ലതി കൂട്ടിച്ച പറണ്ടത് അലാ സയ്യിദ് മുഹമ്മദ് പറഞ്ഞു اللهم على محمد ൻകു ജും അല്ലതെ കൂട്ടിച്ചു പറയണം ആ നെഹ്ബിന്റെ കാർഡിൽ അവിടെ പറഞ്ഞു വെച്ചു ഇത് എന്താക്കും മറ്റേ മുക്തൽ പറയുന്നതല്ലോ മരാകത്തിന്റെ പന്നി അതും പറഞ്ഞു ആദ്യം നെഹ്ബു പറഞ്ഞു ജുംല കൊണ്ട് മാരികൾക്ക് വസ്പ്പ് വേണം അതിലേക്ക് വസിയിലാത്ത മടി ചന്ത അല്ല സാധാരണ കൂട്ടാറുള്ളത് ഇനി ഇനി എന്തുവാണോ ഈ അല്ലതക്കു ശേഷം പറയപ്പെടുന്ന ജുംല ഉണ്ടല്ലോ ഈ ജുല ഈ പറയുന്ന ആൾക്ക് മുഖാത്തവരും അറിഞ്ഞിരിക്കണോന്നാണ് ഞമ്മ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് കഴിയില്ല അല്ലെ പറ്റി ഫിൽജുലാകുന്ന ആടാണം മാത ഇന്നൊരാള് മരിച്ചി അല്ലതി ആരുടോ ഇന്നലെ ഒരാള് ഇവിടെ വന്നില്ലേ ഇന്നാളെ നമ്മൾ ആ ക്ലാസ്സിൽ വന്ന് അയാള് വെച്ചത് അവിടെ ആ ക്ലാസ്സിൽ വന്നവർ എന്താക്കുന്ന ആളും മുത്തക്കല്ലി അതാണ് ഇനി സ്റ്റേജ് കൊണ്ടുവരേണ്ടത് അതാ പറയുന്നത് ജുംലത്തിൽ മൗസോലി ബിഹ അതിന് മോസലായി കൊണ്ടു അതിൽ മൗസോലി ബിഹ ഏതൊരു ജുംല കൊണ്ടാണോ ഇനി മൗസൂലിയാക്കപ്പെടുന്നത് ജുംല ഇപ്പൊ പറയുമല്ലോ ആ ജുണ്ടന്റെ അക്കെന്താന്ന് ആ തക്കോലെ മൊഹാത്തബിന്റെ അടുക്കല് അത് എന്റെ ഹിന്ദി സാബ് ആരോ ആയിരിക്കണം ആ നിസ്മ ചേർക്കല് ഇന്നലെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഇന്നലെ വന്നിരിക്കുന്നു എന്നല്ലേ പറയുന്നു അപ്പൊ ഇന്നലെ ആ വരവ് അയാളെ കൊണ്ട് ഇന്ദി സാബ് നിസ്മ ചെയ്തിട്ടാണ് നിസ്മമായിട്ട് അറിയണം മുഹാത്തബിൻ അറിയണം ഇന്നലെ വന്നാളില്ലേന്ന് ഇന്നലെ അയാള് വന്നിട്ടുണ്ട് എന്നല്ലേ നിസ്മ നീ അറിഞ്ഞല്ലോ അയാൾ അതതിന്റെ ഹക്ക് അതിന്റെ ഹക്ക് എന്ന് പറഞ്ഞ് അതല്ലാത്ത ചെലവസന അവസ്ഥകളെ മാറ്റാറുണ്ട് അതിനാണ് അതീർന്നത് നിർച്ചില്ലേ അപ്പൊ അല്ലറി നമ്പര കൊലോപനാന്നെല്ലാം ഉണ്ടാക്കണം പറയുന്ന ആർക്കോ കേൾക്കുന്ന ആൾക്കോ അറിഞ്ഞിരിക്കണം അങ്ങനെ കണ്ടീരും ഉണ്ടാകലുണ്ട് തിരിച്ചുമില്ലെങ്കിൽ അറിഞ്ഞിരിക്കണം ബഹുവ ഈ ഇവിടെ അല്ലറി നല്ലത് ഹുവാനാണ് ഉള്ളത് അപ്പൊ ഇസ്മസൂലി അതാണ് വഹിയത് വഹിയ എന്ന് പറയുമ്പോ കരിമസോ അല്ലാതീ തെവിയിലൊടുക്കേണ്ടി വരുന്നു അതെ വഹുവ അതിൽ വയ്യ എന്ന് പറഞ്ഞാ അല്ലാതീന്നല്ല കലീമസ് തെവിയിലെടുത്തോള ഇവിടെ വഹുവ എന്ന് പറഞ്ഞാൽ ഇസ്മുസോല ഞാൻ അള്ളാഹത്താലാഖിഫത്താണ് അല്ലാഹി അപ്പൊ അല്ലെ ജെറല്ലിപ്പുണ്ട് അള്ളാഹ് അല്ലെ സിഫത്ത് അതെങ്ങനെ അത് അള്ളാഹാൻ എങ്ങനെ കിട്ടി അല്ലറി എന്ന് പറഞ്ഞാല് അള്ളാ നടത്തു ശേഷം പറയുന്ന ശില പരിശോധിച്ചു അക്കാ തവഹീദിന് അറിയലുകൊണ്ട് നമ്മളെ കൽപ്പിനെ പ്രകാശിപ്പിച്ചോൻ എന്ന് പറയുമ്പോ അതെ ആരാധന നിവൃത്തിയുള്ളൂ അന്നാവാനേ നിവൃത്തിയുള്ളൂ അതാ അപ്പൊ അന്ന് എനിക്കു അല്ലതീ കൊണ്ട് അന്നാക്ക പറയാൻ പറ്റ അന്നാകത്തെ തിബത്ത് പറയുമ്പോ എന്തെങ്കിലും സിഹത്ത് പറഞ്ഞാ അന്നാത്ത ഒരു കൈതുണ്ട് കുർഹാനിലോ അറിയത്തിലോ നശ്താധിതാവാത്ത തിപ്പത്ത് കൊണ്ട് അന്നാക്ക പറയാൻ പാടില്ല എന്നാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാക്കൂടാ അപ്പൊ നിങ്ങനെ അല്ലതീ കൊണ്ട് തികത്ത് പറഞ്ഞേ അതിനെ തെളിവുകൾ ഖുർഹാൻ വന്നിട്ടുണ്ട് കദാലിക്ക് അപ്രതാറുപത്താക്കി അൽഹംദില്ല അല്ലതീട് കൊണ്ടില്ലേ അൽഹംദില്ലർക്കുണ്ട് അപ്പൊ ഖുഹാൻ വാരുതായി കണ്ടപ്പോൾ അല്ലതീ കൊണ്ടുണ്ടാക്കാം അള്ളാക്ക് ശേഷം ജബിലൊണ്ട് തീർത്തോട് ഒരു കുഴപ്പമില്ലാതെ തീരുന്നു അത് ഇതിലുണ്ട് അലഹമില്ല അല്ലതീ അമനാണ് കദാലിക്ക എനി കദാലിക്കാടിപ്പം ഏത്ത പറഞ്ഞത് ജുംലെ കൊണ്ട് ഇസ്മോർക്ക് ചിരത്ത് പറയാനാണ് ചില കൊണ്ട് ഏറ്റവും പറഞ്ഞു അത് അല്ലതി കൊടുത്തിരുന്നു ഇനി വേറൊരു ആവശ്യ പറയുന്നു കദാലിക്ക ഇതുപോലെ ഈ അല്ലതീനെ കൊണ്ടുവരാറുണ്ട് ഇതിന് ലിമി മതിഹി പറയാൻ മതി കൊണ്ടുവരും ما ذهب رأياني؟ ماذا ذيادة إفادة الغرل <سؤال> <سؤال> المسوك <سؤال> لهو الكلام كلام انتنا أفضل بكبراً آدين ده عردشن ده لهو إن ده شبتنا هننغولي زيادة تأكد ورهو برو ما ذهو آبنام الوالطم يكلام انتنا أفضل بكبراً آدين ده غرلو نقول تنهل بهل رقدو على سيدنا محمد اللذي تنهل بهل رقدو انتنا نهل بهل رقدو انتنا نهل بهل رقدو ഇതുകൊണ്ട് നമ്മളെ വറവം എന്താണ് നമ്മുടെ പെട്ടെന്ന് അരിഞ്ഞു പോകണം നമ്മളെ കറവം ഈ കലാമന്ദ്ര കൊണ്ടിരുന്ന് നമ്മുടെ പെട്ടെന്ന് അയ്യാണ് രാജത്തെല്ലാം പോകണം നമ്മുടെ റർമ്മത്തെല്ലാം പൂർത്തിയാവണം ജ്വാത്തരം കിട്ടണം ഇങ്ങനെ തെളിവുകൾ ആ കറവിലേക്ക് വേണ്ടി അതോടൊപ്പം ഇതെല്ലാം തങ്ങളെ കൊണ്ട് കിട്ടപ്പെടും എന്നുള്ളത് തങ്ങളെ മധു നോക്കടാ അപ്പൊ മധുനു വേണ്ടിയും അതോടൊപ്പം കലാം എന്തിനാണോ അവതരിപ്പിക്കപ്പെടുന്നത് ആ കറവിനെ ഒന്നുകൂടെ അല്ലെ ഇവിടെന്താണത് ഇവിടെ ആവശ്യം മറ്റൊരു നാരിയ സലാഹത്തിന് നബീസ് നമ്മളെ പറയുക പറയലോ ഇവിടെയോ അന്താനസ്തുതിക്കാണ് അതാണ് മിനിസ് എന്താ കലാമിന്റെ അറിവ് മിനിസ്താൽ മുസ്തഹ അവകാശപ്പെട്ടവനാണ് അർഹനാണ് എന്നുള്ളതാണ് ഇവ കലാം മാത്രമല്ലിഹി അള്ളാഹു താലും അതിന്റെ കാത്തുകൊണ്ട് മഹസാക്കിയിട്ടുണ്ട് ഇല്ലായിട്ടിട്ട് അല്ലാതെ ആക്കിയതി മാത്രമല്ല അമിഹി അള്ളാല നിയമത്തിന് ഭയാനുമാണ് അപ്പൊന്തല്ല ഒന്ന് മതക്ക് രണ്ട് ഉദ്ദേശിക്കപ്പെട്ടവർ അവർ വൃക്തമായി പറയരുത് മോന്ന് അള്ളാന നിയമത്ത് ഏത് നിയമത്ത് അൽ മോദി അള്ളാഹുല ഹന്തിനെ ഇവിടെ വാജിബാക്കി തന്നല്ലോ ഹന്ത് ചെയ്യൽ നമുക്ക് വാജിബാക്കി തോന്നിട്ടുണ്ട് ലി ഹന്ത് ചെയ്തോണോ ആ നിയമത്ത് കാണുമ്പോഷർക്കുമ്പോ തോബ വാജിപായി നിയമത്തോർക്കുമ്പോൾ ശുക്രവാജിപ്പായില്ലേ തോന്നില്ലേ ആ വളർത്തോർന്നു ഇനി ഒരു ഒരു സംശം ജനിക്കാറുണ്ട് എന്തൊന്ന് അല്ലോമനാഭിമാരി പറഞ്ഞത് മുഷ്തക്കാണ് ഫീലാന്നല്ലോ നവറ മാം ആ ജുലം മുഴുവനും അതോടൊപ്പം തന്നെ അല്ലതീന്നുള്ള മുഷ്തക്കൽ ഒരു മക്തറിന് പിടിച്ചെടുക്കപ്പെട്ട് ഇഷ്ടികാർ ചെയ്യപ്പെട്ട എന്തെല്ലാം ഇസ്മ ഫല ഇസ്മൂലെല്ലാം മാതിയല്ല മൊളാലയല്ല അമല്ല നെഹീമല്ലാത്ത ഒരു ജാമ്യായിസ് ആണ് അല്ലൊരു അല്ലതി അപ്പൊ ഇപ്പത്തോ മൗസോഫും തമ്മിൽ ഒത്തില്ല മൗസോ സീരിയമ്മിൽ ഒത്തില്ല എന്നിട്ട് കേസിന്റെ അല്ലറി നവറ ജാമിത ലായു കാലു മുണ്ടമാറില്ല എന്ത് നിങ്ങൾ ചോദ്യം ഉന്നയിക്കണ്ട അത് മുഷ്ടക്കും ഏതാ ഞാത്ത് നവറ പ്രാഭിമാനിയെ പറ്റിയാരി ആ നാത്ത് മുഷ്ടക്കാണ് ഒരു വസ്തുക്കത് പിന്നെ വേൾ മൌസൂർ ആണെങ്കിൽ അല്ലറി എന്നുള്ള ജാമ്യ അത് മക്കൾ കുറിച്ചെടുക്കപ്പെട്ട അങ്ങനെ തന്നെ പുറക്കപ്പെട്ടതല്ല അതിന്റെ പുറപ്പൊമിതാണ് അപ്പൊ ടു ബി ഹി അപ്പോ ഈ പുസ്തകം കൊണ്ടുണ്ടാക്കാൻ പറ്റൂല ജാമിതന്ന് ശിവത്ത് പറയാൻ സഹിയാവൂലോ ഞണ്ടും കൂടെ ഒക്കുന്നില്ലല്ലോ എന്നുണ്ടാക്കണ്ടിസ്കാലാക്കി കൊണ്ടുവരണ്ട അത് ഒപ്പിക്കാം എന്തുകൊണ്ട് ലിഅന്ന ലായു കാലോനെ ലഭിക്കുള്ള കാര്യയിലാണത് ലായുക്കാലു എന്നാണ് നസിയുണ്ട് നെറ്റിയോ യുക്കാലു ആണ് മന്ത് ആണ് നെറ്റി നെറ്റിക്കുള്ള താലിയിലാണ് ഏത് പറയുന്നത് എന്തുകൊണ്ടാണെങ്കിലും ഉണ്ടാന്ന് പറഞ്ഞത് ലി അന്നെ നമ്മള് പറയും ഹുബ ഈ അല്ലതീന്നുണ്ടാക്കുന്നറിയോ മൊഹബരും മുഷ്തഖി മുഷ്തഖണ്ട് തെളിവുകൊടുക്കാൻ കഴിയുമെന്ന് മുഷ്തഖ് തെളിവിൽ കൊടുക്കാൻ കഴിയും അങ്ങനെ ി നബ്റീക്ക് തെവിൽക്ക് പറഞ്ഞല്ല അല്ല വായിക്കാം എന്നിട്ടോ അൽഹിൽ അല്ല അല്ല അപ്പം മുസ്തകിലേക്ക് എന്താക്കീൽ കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് യാതൊരു തിരക്കൊടൊന്നുമില്ല ഇത് തീരോളം വായിച്ചോ ഇനി പുതിയൊരു സ്ഥലം വരും അതിനും വരുന്നേ പിന്ന ഇതെന്താ പറയാൻ പോണത് മുഷ്ടക്കുവാൻ തോട് നിക്കുമ്പാസിന് ഐ താ യത്തീ മക്കൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്ക അപ്പൊ ഭക്ഷണം കൊടുക്കുകയും ഇത്തരം താഴമാകുന്ന ഡോക്യുമെന്റ് എന്തുണത് ഐത്താമെന്നുള്ള ഐത്താമെന്നൊരു എല്ലാം വസാക്കിയെന്ന് പറഞ്ഞ പുസ്തകല്ലേ അപ്പൊ എന്താക്കുന്ന ഇതിൽ കിട്ടുന്ന ഈ വസ്തു താമുടുക്കാനുള്ള കാരണമായിരിക്കും എന്നാണ് അറിയിക്കുന്നത് ഇന്നലെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു ചോദിച്ചാൽ തരാസ്റ്റിമാർ ആയത് കൊണ്ട് തന്നെ നിങ്ങൾ ബഹുമാനിക്കുക പറഞ്ഞു അക്രിമോ എന്നുള്ള ഒരു അമ്മ ഒരു കുമാ അല്ലുക്രാമവാദി ബിന്നാണല്ലോ അല്ലുലമാവിന്റെ മുഷ്ടഖൺ മുഷ്തഖുമായിട്ടാണ് എന്താക്കിയത് ഹുക്കുമെ മദ്യപ്പെടുത്തിയത് അപ്പോ എന്താകും അവർ ഇന്ന് ഉള്ളവരാളാണ് ഇന്റെ കാരണം ഈ ഇറാമിന്റെ കാരണം എന്ന് അറിയിക്കും അതിന് എവിടെയും പറയാൻ പോകുന്നു നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഹുക്കിമിനെ ബന്ധിപ്പിക്കുക എന്തിനോട് ബിൻ മുഷ്ടഖുമാർപനാണിട മറ്റേ ഉക്കുമ്പിൽ എന്താക്കും ഒലാമാർ നിങ്ങൾ ആദരിക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഇൽമാനവള ഇല്ലത്ത് അത് അറിയിക്കുമല ഇല്ലാ ഇഷ്ടിക്കാർക്ക് എന്തിൽ നിന്നാണോ എടുത്തത് അത് ഇല്ലത്താണ് ഉരമായി എന്തിനാ വിളിച്ചത് ഇൽമിൽ നിന്ന് അപ്പൊ ഇക്കിറാമിന്റെ ഇല്ലത്താണേത് ഇൽമുടേവരാകുക എന്നുള്ളത് തീരും മാണി കാക്കും ഇഷ്ടക്കാകെ ഉരമായി എന്ന് ഇഷ്ടക്കാകെ എന്തിനെ ഇൽമിൽ നിന്ന് അപ്പോൾ ഇക്കിറാം എന്ന ആ ആവശ്യത്തിന് ഇൽമ എന്നതാണ് അതിനെ കാരണമാക്കി തീർത്തത് അല്ലേ അപ്പൊ ഇവിടെന്താണെന്ന് പറഞ്ഞോ അള്ളാഹു താലാക്ക് ഹേട് വന്നതുണ്ടാക്കി തന്നീരുൾ കൊടുക്കുമ്പോൾ ഇവിടെ കാരണംന്നത് തൻവീറൽ കൊടുക്കാനാണ് ധാരണം കണ്ടില്ലേ അപ്പൊ അപ്പൊ മുസന്നിഫ് പറഞ്ഞതു അഹമ്മദില്ലാ ഈ തൻവീരി ഹി തൻവീരൽ നിന്നാണല്ലോ നെബറ പിടിച്ചത് മാമനെ തൻവീർ കണ്ടില്ലേ അപ്പൊ മുക്കാബിലെ അപ്പൊ നിയമത്തിന്റെ മുക്കാബിലെ ഹൈ നിയമത്തിന്റെ മുക്കാബിലെ ഹംതാമ്പോൾ പാജിബായ് ഹൈ വാജിബായ ഹംതാകുമ്പോൾ മുത്തലക്കായ ഹനാകണ സ്വേഷത കൂടി കൂടുമ്പോൾ കൂടിയും കൂടി അപ്പോൾ ഇത് കൂലി കൂടിയ ഹംതൽ ആ മുത്തലക്കായ ഹംതാദ് തൻവീരുൽ കുലോബ് എന്ന ആ വലിയ നിയമത്ത് കിട്ടിയ വേഗയിലുള്ള ഹംതാകുന്ന അവസരത്തിൽ എന്തുണ്ടായി തീരും വാജിബായ ഹായി മാറി മുത്തലക്കായ ഹന മുസ്തഹ വാജിബായ ഹോ അത് നിർബന്ധമായി അപ്പൊ പുറമും സുന്നതും തമ്മിലുള്ള ഇത്തരം വന്നു പുറമിനകത്താണ് എഴുപതിരട്ടി എന്നുണ്ട് സുന്നത്തിനകണം എഴുപത് ഇരട്ടി കൂലി കിട്ടുന്ന് വന്നു മാത്രമല്ല തൻവീരിൽ കുളിർമു വർദ്ധിക്കൂന്നും വന്നു ലൈസക്കൊപ്പം ലാസിന്റെ മൊക്കാവലിൽ ഹിന്ദീരാൻ അതേ നിയമത്തിൽ വർദ്ധിക്കുന്നാണല്ലോ എന്തുവാജിബായി അഞ്ചും മുത്തരത്താഴ്ച സുന്നത്താവും ഡായ്മ നിയമത്തിന്റെ മൊക്കാളിൽ വാജി പോകും ആ നിയമത്തെ കുറുതാകുമ്പോഴോ എല്ലാ നിയമത്തെ ഓർമ്മിക്കുമ്പോഴോ വാജിപാവുമല്ല വാജിപ എന്ന് പറയാം അപ്പോൾ മുഖാബുലത്തിന്റെ അപ്പോൾ നിയമത്താകുന്ന ഏതാണ്ട് തന്നീരുൽക്കുറവ് തന്നീരൽ കുറവ് ആകുന്ന നിയമത്തിന്റെ മുഖാബിലുള്ള ഹന്തായി മാറി അപ്പൊ സവാബുൽ വാജിബി അപ്പൊ വാജിബായ ഹന്തിന്റെ സഭാബന്ധം അതിന് കൂലി കിട്ടപ്പെടും ആ വാജിമായി നെപ്പായ ഹാണ് അത് സായി എഴുപതരത്തി നല്ല മാറ്റങ്ങൾ അല്ലെ കുറഞ്ഞ വാർത്ത കൊണ്ട് എന്തെല്ലാം പറഞ്ഞു തീർത്തേ ഇനി ചോദിക്കുന്നെന്താണ് നിങ്ങളിപ്പോ നബ്ള പുലോപന പേരും പറഞ്ഞിട്ടല്ലേ അന്ത് ചെയ്ത് അപ്പൊ അന്ന് നമ്മളെ ഹൃദയം പ്രകാശിപ്പിച്ച വകയിലെ ഹന്ത് അപ്പൊ വേറെ കൈപ്പത്തിനെന്താ കന്ത് വേണ്ട നിങ്ങൾക്കൊന്നും ചെയ്തു തന്നിട്ടില്ലെങ്കിലും അള്ളാഹ് രാത്തിന് വേണ്ടി അള്ളാഹു തരാത്ത ഹംദിൻ അർഹനല്ലേ അപ്പൊ അള്ളാഹു മുത്തലക്കൻ ഹംദിന്റെ അർഹനാണ് നിങ്ങളെന്താക്കയ്യതാക്കി മാറ്റി പൊന്തിൽ മാത്രം തിളച്ചിട്ട് എന്നല്ല ഒരു പോരായ്മ ഉന്നയിക്കൂലേ അപ്പൊ അള്ളാഹു അരള്ളിത്തിലാത്ത ഹംദിന്റെ അർഹനാണ് നിങ്ങൾ പറയുന്നത് നിർത്തേം പ്രകാശം ഇപ്പൊ ഇത് കൊടുക്കുന്നു എല്ലാ കൊടുക്കുക അതാ മുസ്ലിൽപ്പെട്ട തന്നെ ഏതും ഹൃദയം പ്രകാശിപ്പിക്കാന്നുള്ള ഒന്നും അതിൽപ്പെട്ട തന്നെയാണല്ലോ ഇനി വേറെ വേറെ കൊടുക്ക ഇപ്പോൾ ചെയ്യുന്ന ഹന്ത് അതേറോത്തിലാന്ന് മറ്റുള്ള സത്യമുട്ടല്ല കൈക്കോട്ടെ താലീഖു നോക്കുമ്പി മുഷ്തഖിൻ കട മുഷ്തെ ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു അത് യുഫിതു വപ്പിക്കും ഹന്തിനെ പരിമിതപ്പെടുത്തലി ഹന്തിനെ തളച്ചടേണ്ടി വരുമല്ലോ നോക്ക് കൊറേ ആളുടെ കൂട്ടത്തിന് ആ കിരിമ പുലംമായ നിങ്ങൾക്ക് പറയുമ്പോ എന്തായി ഇൽമിന്റെ ആളെ ഒമാനിക്കണ്ട മറ്റൊന്നാളായി കാലും ചെയ്തില്ല ചർച്ചയില്ലാന്ന വരികളെ എന്ന് പറഞ്ഞ മാതിരി ഹന്ത് തൻവീർ കുറുവിന്റെ ലോള മാത്രം എന്ന് വന്നേ കുല് അപ്പൊ എല്ലാം തന്നെ അല്ലാത്ത കൊടുക്കണ്ടേ يفيد قطر الحمد على خصوص ذلك الوشتكي إذا أرى الطم ما أنه يستحق الحمد لذاته وصفاته الله تعالى نذات النماني صفات النمانية متلقاة حمد النماء وستحقا الله ليه ووجيبا أي نمرودي بيانا تنبيرا നിങ്ങളിപ്പൊ തൻവീറാണല്ലോ തൻവീർക്കുലോ പതാണല്ലോ കൂടെ നമ്മൾ കാരണാച്ചെടുത്തത് ആ തൻവീർ ലൈറ്റ് ഇല്ലത്തല്ലിൽ മഹാബിരാ അള്ളാഹു തഹാര എല്ലാ അർഹനാട ഇല്ലത്തല്ല ഈ പറയുന്നത് ഞാൻ അന്ത് ഇപ്പം ചെയ്യാനുള്ള ഇല്ലത്തന്നാ ഞാൻ അന്ത് ചെയ്യുന്നു എന്നാ ചെയ്യാനുള്ള ഇല്ലത്ത് ഇപ്പറയിച്ചിട്ടുണ്ട് അത് الله تعالى عمدن جعا شهده لأنه فارشد اللي قرأ لأنه الله دنه مستيقان أكبر تريد مجالي في نبعه إلا في إخبار الشيخي الشيخ ضغي الله وإنه خبارا كان وإلا تعالى بثبوط استهقاته تعالى الله سبحانه وتعالى مستهقان أبثبوطا كان لجميع المحام لأن الله عمدن ثبوط ു ആ എല്ലാ ഹിനിസ്റ്റിന്റെ ഉൾക്കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണേത് ഒരു കീഴാന്ന് ഇതാന്നില്ല അത് പറയാൻ കണ്ണൂർ പോലീസിനുമായിട്ട് ഇല്ലാത്ത മാത്രം ഇതിന് ചോറ് വെച്ചാലോ അല്ല അതിന് ഇല്ലാതെ എത്ര ഓറിയോടെ താമുണ്ടായാലും ഇല്ലെങ്കിൽ പക്ഷെ ഇപ്പോൾ അത് പറയാനുള്ള കാരണം എന്ത് താമറുണ്ട് ഏരിയയെ പറ്റി പറയണോ അലമദില്ലായി പറഞ്ഞ അല്ലതീ പറഞ്ഞു ഡബ്ബറ രണ്ടാം രണ്ടാം കരിമ്പത്ത് കരിമത്തിന്റെ പോകുലീചെയ്യണോ ആ ഡബ്ബറ നല്ലത് മുഷ്ടപ്പുൻ അത് മുഷ്ടക്കാൻ തൻവീർന്ന് അപ്പൊ മസ്തറിൽ പിടിക്കല് തൻവീർ അല്ല മസ്തറിൽ എന്തന്നെ പിടിക്കും ഇസ്മഫ മാറി പിടിക്കും മുതാലി പിടിക്കും അമർ പിടിക്കും നെഹി പൊടിക്കും ഇസ്മുഖാൽ പിടിക്കും ഇസ്മഹൂല് പിടിക്കും സിപ്ത്തൂഷ് പഠിക്കും ആലത്ത് പിടിക്കും പത്തണ്ണം അതുകൂടാതെ അവൻ എവറമാവിയത് പറഞ്ഞാൽന്താൽ മാനവി ആയ നൂറ് മാനവികൂറുണ്ട് ഹിസ്സിയൂറേതാ സൂര്യപ്രകാശം ചൂരറ്റിന്റെ പ്രകാശം വെഴുകി കത്തിച്ചാലുള്ള പ്രകാശം ടോസിനറ്റിന്റെ പ്രകാശല്ല കണ്ണോണ്ട് കാണുന്നത് മാനവി എന്ന് പറഞ്ഞാലോ ജഹാലത്ത് നീക്കിയിട്ട് എൽമാവിന്റെ പ്രകാശം അടുമ് കളഞ്ഞിട്ട് ഉരൂരാകുന്ന പ്രകാശം നരാലത്ത് കളഞ്ഞിട്ട് ഹിതാലത്താകുന്ന പ്രകാശം ഇതൊക്കെ മാനവീയായ പ്രകാശങ്ങളാണ് രണ്ടിനും എന്തോട് തന്തീർന്നു പറയും ആ രണ്ടിനും പറയാൻ തന്തീർന്ന് പക്ഷെ വൽമുറാതു കുന ഇവിടേതാണ് ഉദ്ദേശം അൽ മാനവീയാണ് ഉദ്ദേശം കാരണം അള്ളാഹു സൂര്യനെ പറച്ചു നല്ലതാണ് പറഞ്ഞത് കണ്ണിനെ പ്രകാശിപ്പിച്ച് മാനവീയായ പ്രകാശമാണല്ലോ അതാണ് അൽ മാനവീയാണ് ഉദ്ദേശം ൂഹിൽ എന്ന് പറഞ്ഞ ആയാത്തിൽ ഒരു മത്തനു പറഞ്ഞില്ലേ ആ മതനും ആനവികാനോ പറ്റിയ അതിൽ തന്നെയാണ് കൂടിയത് അൽ ആയാൽ ما لنا نوري كمشكات انتها <فيها> مسواح المسماح في رجاج ارض رجاءت انها كوكب الدين يولد من الشجره المباركه الزيتونه الشرقيه ولا العربيه يكاد زيتها يذيق ولم تنسف نار نور لنا نور انو قرن ليه اعزائيات الله تعالى مثل هذا النور بتي معنوي يا جورو اه نور ولا نلغينا قرن ليه اختو أبا نبرا نوري بول ورمده فيلا نبرا فيل الله أبا فيل معي جاند لها كده الحمد لله ابا فيل اندى مول مالت فرسيكو دار ديجا ابا فهو وحمدن على صفت الفعلي يجاد فيل اندى صفتا اذن أبرا تنبير صفت الفعلي صفت الناتند اذن علم قدرت ദിലന്ദവം സിഫത്തുള്ളാത്തും അൽഹംദുലില്ലാഹില അയിലമിഹി എന്ന് നന്ദായി സിഫത്തുള്ളാത്തിനെ വൈ വന്ദപ്രതികൊണ്ടാണ് അ حمد അൽഹംദുലില്ലാഹി നദീ അലൈത ആമിന നമ്മക്ക് ഇത്താമ ദൈന ബാക്കി നമ്മക്ക് അല്ലാഹു തൗഫീർു എന്ന് നന്ദാന്തം സിഫത്തുൽ ഖൈറാ ഇത്താമർ ഖൈലാനല്ലോ സിഫത്തുൽ ഖൈരി അയാ ആ സിഫത്ത പറഞ്ഞാൽ ഇവർ ഫൈർ അർത്ഥലാകാനാണ് നേരം അവർക്ക് എന്തോ പുതിർത്തൊക്കെ പറഞ്ഞാലും ഒരു ക്ഷീണ നടക്കില്ലാകുന്നില്ലല്ലോ എന്താ അല്ലാ എന്ന് പറഞ്ഞു അവന്റെ ആ മഹത്വത്തിൽ ഞാൻ അന്തതിക്കുന്നു അവടൊരു ഫീലോ നടക്കിലാകുന്നില്ലല്ല അലാഹിലധി അഹിയാനാന്ന് പറഞ്ഞു നമ്മളെന്താ ഉറക്കത്തിൽ ഏതോടൊപ്പം നേരെ ശേഷം സിഫ് നിർത്തിവെച്ചു അപ്പൊ ഈ രണ്ട് കേരളത്തിൽ കൂടെയുള്ള സിഫത്ത് ഒന്ന് വേണിയും ഒന്ന് സിഫത്തിന്റെ വേണിയുള്ള അഞ്ച് ഹന്ത് പറഞ്ഞിരിക്കുന്നു അല്ലാണുള്ളതോ സിഫാത്തിന്റെ ഹന്ത് അപ്പൊത്തിന്റെ വേണ്ടി സിഫാത്തിന്റെ വേണ്ടി ഹന്ത് ചെയ്തു ഓന്നിക്കോളണം ഇനി അള്ളാ വേറെ ഇതന്നെ ഓത്ത് ആ ബയ്യാ ഇത് ഇത് ചായം കടിയാൽ ചോറ് വയ്യണ്ടെന്ന് വിചാരിച്ചു കത്ത് തോന്നുന്നുണ്ടാത്തിലേക്ക് ചേർത്ത് പറഞ്ഞിട്ട് അതെന്താറത്തു വേണ്ടിയും അവനാണ് അവന്റെ സിഫാർത്തിന് വേണ്ടി ശ്രുതിക്കപ്പെടേണ്ടവനാണ് എന്ന് സൂചിപ്പിച്ചു ഇല്ലായി സിഫാത്തേബ് അല്ല തി നമ്പറ കൊടുവുപനാണ് ഇനി കഴിയുമ്പത്തോർക്കുള്ള കൊടുവുപനാണ് അപ്പൊ ഇവിടെ കൊടുവെന്ന് പറഞ്ഞാല് ഈ തന്വീര് എവിടെയാണോ മന്തിക്കല് ആക്കലിലാണ് ഒരു മന്ദം വരേണ്ടത് മേർക്കുന്നേ കൽബിലേക്കല്ലാതെ തന്വീർ ബാധിക്കേണ്ട എവിടെയാണ് ഒരു തീ കത്ത് തിരിക്ക് തീ കത്ത് എന്ന് പറഞ്ഞാല് തീയിന്റെ പൈപ്പാ കത്ത് നിന്ന് നെടുക്കനെ കത്തുന്നേണ്ട നാടല്ലേ പിന്നെ വെറുക്കത്തിക്കൽ എന്ന് പറയുന്നത് ആ നാട വറക്കിട ഉള്ളത് അപ്പൊ വെളുക്കത്തിക്കൽ എന്ന് പറയുന്നു ഇതുപോലെ ആക്കർ നിൽക്കുന്ന കൽപോയ്ക്കാണ് വർദ്ധിക്കുന്നത് അതുകൊണ്ട് കൽ കൊലൂ കലാ എന്ന് പറഞ്ഞത് തിരിഞ്ഞാണ് ആ കൊലൂപനാഥലിയാണ് എന്തുകൊണ്ട് അങ്ങനെ വെക്കാൻ കയറണം മാനവീയ നൂറ് ബന്ധപ്പെട്ട ജീവൻ സഭയിൽ പോലും ഒക്കെ എന്നാ പിന്നെ ആരെന്തെന്നെക്കൂലാന്ന് പറഞ്ഞാ പോലെ പിന്നെന്തിനു പറഞ്ഞോളൂ കോരു കുരൂപൻ അകലുകൾക്ക് എന്താ കുരൂദൂര പേര് പറഞ്ഞത് ഇല്ലോലിഹാ ബിഹാ ഈ ടൊരോലിഹാ അക്കലുകൾ ഹാലാകുന്നുണ്ട് ബിഹാ ഇതില് കുരു അപ്പൊ എന്താ മഹലിന്റെ പേര് ഹാലിന് കൊടുത്തു തന്നു അല്ല ഹാലിന് മഹലിന്റെ പേര് കൊടുത്തു ഹാലാണ് അക്കലി മജാന്ന് പറഞ്ഞേ അക്രമവുധി അക്കീക്കട്ടുണ്ടോ മജാ ഇരുപത്തഞ്ച് അരാക്കത്തെ എണ്ണീറ്റുണ്ട് പൊക്കൻ എണ്ണീര് എല്ലാം പണക്കം വെറുക്കത്തി കഴിഞ്ഞു പോയി ഇപ്പൊ ഹാൻഡ് മഹലിന്റെ ബന്ധം അപ്പൊ മഹലിനെ പറഞ്ഞ് പേരെന്താക്കി ഹാൻഡിനെ കൊടുത്തതിനായി അത് വർക്കൊന്നില്ലേ ഈ ബാന്റെ താലൂക്കടുത്തേക്കാണ് നീ പറഞ്ഞാട്ടെ നബ്റയിലേക്കാണ് നോക്കിപ്പോ കലമുഖീന്റെ കഥകയിലേക്കുണ്ട് അതുപോലെ ബിമാരി ബീടെ താലൂക്കത്തേക്ക് പോയി നബറയിലേക്ക് പോയി അപ്പൊ മുക്കാൻ ബി നബറ നബറയുമായിട്ടാണ് താലൂക്ക് ൂരിനാഴ്ച ആണ് അബറ ആ വൻ ബാ ഉൽ സി മാരിഫത്തിന്റെ ബാണ്ടല്ലോ അത് തബദി ആയ ബാളാണ് അതായത് പാക്ക് എന്തെല്ലാം പ്രയോഗം ഉണ്ട് ബാ എന്തിൽപ്പെട്ടതാണ് സെറോഫുൽ മഹാനിയിൽപ്പെട്ടതാ സെറോഫുൽ മബാനിയല്ലണ്ട് ഇങ്ങനെ സെറോഫുൽ മഹാനി സെറോഫുൽ മബാനി മബാനി എന്ന് പറഞ്ഞാൽ ആദ്യൊരു കെളിമത്തുണ്ട് ആ കളിമത്തിന്റെ ഓരോ ഘടകങ്ങളാകുന്ന അക്ഷരങ്ങളുണ്ടാവും ഇസ്മിലാ പേരിലെ അറക്കിട എന്തോ ആവട്ടെ എന്ത് കെളിമത്ത ആ കെളിമത്ത് അറിയിക്കാൻ വേണ്ടി ഉപയോഗിച്ച ആ ദാരുണ്ടല്ലോ കെളിമത്താണ് ഇസ്മാണ് ഇത് മബാനി എന്തെന്താന്ന് സായും ദാനും കെളിമത്താണ് ഷെയ്ലാണ് ലാവും റാവും ബാന്റെ ഹുറൂഫുൽ മബാനി നേരെ മറിച്ച് മീൻ ഇലാഫി അൻ അലാനൊക്കെ പറയുന്ന അക്ഷരങ്ങൾ എന്താണെന്ന് ട്രെറൂഫിൽ ട്രെറൂഫ് ആകുമ്പോൾ തന്നെ ഇന്നത്തെ പ്രത്യേക മഹാനികൾ ഉണ്ടാവും ബാക്കെന്താണല്ലോ അൽ സെറ്റി അതൊക്കെ പണ്ടതാ ഇസ്തിന്റെ ബാണ്ട് ഇമതിന്റെ ബാടുണ്ട് തബദിന്റെ ഭാഗം ഒരിക്കലുണ്ട് ഇൽസാഖിന്റെ ബാടുണ്ട് സബബിന്റെ ബാളുണ്ട് അങ്ങനെ ഒരുപാട് മഴയാക്ക ബാബ് പ്രയോഗിക്കും അത് ഞാൻ ഇപ്പൊണ്ടല്ലോ ബാതെല്ലാം മേക്ക് വരുമെന്ന് ഇവിടെ സബബാന്ന് നമുക്കിവിടെ കൊണ്ടുപോകുന്നു മുസാഹബത്തല്ലസാഹത്തുണ്ടാവും മറർത്തുബിഹി ഞാൻ ദൈനം കൊണ്ട് നടന്നു എന്ന് പറഞ്ഞാൽ ദൈനം മുസ്ഹാഹിബോ അന്നും നടത്തേണ്ടാൽ മതി ഇവിടെ പറയാനുള്ള സബബ് അപ്പോൾ ഹൃദയം പ്രകാശിക്കാനുള്ള സ്വബാണിത് അക്കാലത്തോ ഇതിന്റെ മാരിപ്പെട്ട് എന്ത് വന്നു വധജകൃത്തി ശേഷം പറയും മാനൽ മാരീപത്തി വൽഅത്ത മൂന്ന് കിഴിമത്തുണ്ടല്ലോ മാരീപത്തുണ്ട് അക്കായിട്ട് തവഹീദുണ്ട് ഈ മൂന്നിന്റെയും മാന ശേഷം പറയാൻ പോകുന്നുണ്ട് ബാന്റെ മാന മാത്രം പറയാം ബാ ബാന്റെ മധു പോലെന്തായിരിക്കും നൂലിന് മുമ്പിൽ സബബാലും ചില മാനത്തായിരിക്കാം ലാബോ ചാട്ടവാറോ തോന്നി കൊടുക്കും എന്നാണ് وَحَذَّرَ قُلُوبَنَا اللَّهُ അതെന്താണ് അലാ നബന്റെ മെല് എങ്ങിന്റെ അപ്പാണ്ബിൻ സബബിനെ അതിപ്പ് ചെയ്യലാണ് എന്തിന്റെ മേല് മുസബിന്റെ മേല് അപ്പൊ ഏതാ സബബ് തഹരീരള്ളക്കൂല് തഹരീരള്ളക്കൂലാണ് സബബ് മുസ ആ സബവിനാൽ ഉണ്ടായിത്തീർന്ന മുസബം ഏതാണ് നമ്പർ തൻവീർ അപ്പൊ തൻവീർ സബബാണേത് താരീർ അപ്പൊ ആ അപ്പൊ ഏതാദ്യം ഉണ്ടത് താഴീർ ഉണ്ടണം നിങ്ങക്ക് ഹൃദയം പ്രകാശിക്കുന്ന അക്കീത കിട്ടണം എങ്കിൽ എന്ത് വേണം ആ ആദ്യം തക്കനീതാകുന്ന ആ ചെരിപ്പ് ഊഴിവെച്ചക്കളും അപ്പോ നിഷ്പക്ഷമായിട്ടുണ്ടാകണം നിങ്ങൾ ആദ്യം അക്കീത വിലയിരുത്തണം എന്നാണ് പറഞ്ഞോളൂ ആ ഏതോ എന്നോട് പക്ഷപാതം സംഗതി വിലയിരുത്തിയാൽ എന്താണ് വരിക ചൈന അങ്ങോട്ടേക്കാ വരിക്കുക കൂടി ഞാൻ പറയാ മുൻ ധാരണയോടുകൂടി ഒരു സംഗതി വിലയിരുത്തിയ എല്ലാത്തേക്കിന്റെ മടങ്ങി അപ്പോ കൻവീർ കുറുഭാഗം നക്കീട് കിട്ടണമെങ്കിൽ ആദ്യന്തുമാണ് നിഷ്പക്ഷമായ ഏ നിങ്ങൾ അയേക്കും ചെയ്യാൻ പോലും ഇതിനേക്കും ചെയ്യാൻ പോകും അതിലാവുക ഇവനായിരാവുകയായി ആ പാർട്ടിയും ചെയ്യാൻ പോലും ഈ പാർട്ടിയും ചേരാൻ പോലെ അഞ്ചിനെയും കൂട്ടിയിട്ട് മുത്തരക്കാരിട്ട് ചെലുത്തിക്കണം നിഷ്പക്ഷമായി അപ്പൊ തന്നീരുൾ കുറൂവാകുന്ന മുസ്വത കിട്ടണമെങ്കിൽ തഹരീരുടെ പോലാകുന്ന സമഭാത ഉണ്ടാക്കണമെന്ന് പോകണം ഇണ്ടാ എന്നിടക്കത്ത് ആ പറയ മീൻ ജും മൗസൂരന്റെ സ്ഥിരയുടെ നേരത്തെ പറഞ്ഞ നവറൂപന എന്നതാണല്ലോ മൗസൂരന്റെ സ്ഥിര ആ സ്ഥിര ജുലന്റെ ബാക്കിയ അടിമത്തത്തിൽ നിന്ന് ഒരു മനുഷ്യൻ വക്കപത്രദ്ദേശം ഏതാണ് ശരീരം തന്നെ ഓന മൊത്തം പേരടീപു ശുദ്ധീന്ന് പറഞ്ഞാല് അപ്പോ ജുദു പറഞ്ഞത് പുല്ലുമുറാ മജാസ് റക്കബത്ത് ശരീരത്തിന്റെ ജുദാന്ന് ശരീരം മുഴുവനും ഉദ്ദേശിക്കപ്പെടുന്നു അപ്പോ അവിക്കിൽ നിന്ന് റക്കബത്തിനെ ഒത്തിക്കലാണ് തഹരീർ എന്ന് വെറുതെ ആക്കി മറിക്കരുത് അപ്പൊ ഇവിടെന്താ ഈ തക്കബ്ബൽ ആദ്യം ആക്രന്തായിരുന്നു അടിപാടായിരുന്നു എന്ന് വന്നു എന്തിന്റെ തകലീതാകുന്ന തൈതന്മാരുടെ ആ കുടുക്കിലായിരുന്നു അക്കലുകൾ ഗണിഞ്ഞിരുന്നത് ഓരോ വിശങ്ങൾ കുടുങ്ങിട്ട് ഓരോ മുരാൾക്കാല വാദങ്ങളും ഓരോ നിസ്സാരത്തിനും കുടുങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളെ അക്കലെല്ലാം പണയമൊക്കെ പൊട്ടി അതിന്റെ അടിമത്തത്തിലായിരുന്നു ആ അക്കലുകളെ തശ്മി ആക്കി അല്ലത്തീ എങ്ങനുകൾ ഇപ്പം മാരിപ്പത്തോണ്ട് ഇപ്പം പ്രകാശിച്ചിട്ടുണ്ട് അതിനെന്താക്കി അത് തസ്ബി ഹാക്കി മാത്രമല്ല വഹാറത്ത് മിനൽ ജഹി ജഹിലിനെ തൊട്ടും തക്കലീദിനെ തൊട്ടും അത് മോചി പൊറത്ത് വന്നിട്ടുണ്ട് ആ ഹറദ് ഇഹ്റാദിൽ നിന്ന് ഇഹ്റാജ് റക്കമ്പത്തിന്റെ ഇഹ്റാജാണ് സർജിസ് എന്ന് പറഞ്ഞത് ജഹിലിൽ നിന്നും തക്കലീദിൽ വരികയും പിന്ന മഹാരിഷ കൊണ്ട് പ്രകാശിക്കുകയും ചെയ്ത ഒരു അച്ഛനുണ്ടല്ലോ ഈ അഖലിനെ തശബി ഹാക്കിയിട്ടുണ്ട് എന്തിനോട് ചില റക്കമ്പത്തിനോട് എങ്ങത്തെറക്കുമ്പത്താണ് കാലത്തേക്ക് അച്ഛരത്തേക്ക് വൃത്തിന്റെ ആ കുടുക്കു വലയത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അടിമകളെ താഴെ താരവെച്ചോ അക്കലുകളെ വെച്ചോ അതിൽ നിമോചിപ്പിക്കുന്ന അങ്ങനെ തൈലാക്കി തക്കാക്കി ആ അടിമത്വത്തെ മോചിപ്പിക്കപ്പെട്ട ഈ അടിമകളും ഇവക്കും തക്കരീദന്റെയും ജഹ്ലന്റെയും കൂട്ടിൽ നിന്ന് പുറത്തു വന്ന നമ്മുടെ അക്കലും രണ്ടുപോലെ രണ്ടാം രണ്ട് ജയിലിൽ നിന്ന് പുറത്തു വരുന്ന ഇതാ തശബീർ ഈ തസ്ബീർ എന്തെങ്കിലും ആ തബീരള്ള ഇസ്തിനായ ഇസ്താർത്തം വിൽക്കനായ എന്നത് നമ്മളെ ഭാവിയിലോട്ടില്ല ഇസ്തിഹാർത്തം വിൽക്കനായ എന്ന് പറഞ്ഞുണ്ടാക്കും ആ ഒരു തശ്മീർ നടക്കും തശ്മീ പുറത്തു കാണിക്കൂല എന്നിട്ട് ആ തശീർ നടത്തിയതിന് ശേഷമുള്ള പരിവർത്തനങ്ങളെല്ലാം വഴി മാറത്തോണ്ട് പറയലാണ് നമ്മളാ മുക്തത്തിൽ വന്നില്ലേപ്പരണമാകുന്നത് മരണമാകുന്ന എ നഖം അവനെ മാതിപ്പൊളിച്ചിരിക്കുന്നു മരണത്തിന്റെ നഖം അവനെ മാതിപ്പൊളിച്ചിരിക്കുന്നു മരണത്തിന് നോക്കണ്ട അതിനെന്തൊക്കെ മരണത്തിന് പൊളിച്ചിട്ട് ആദ്യം സിംഹത്തിനോട് തശ്മി ആക്കി ഉള്ളിലട വെച്ച് അണിയറയിൽ ശേഷം എന്താക്കും തശ്മീനെ പറ്റി പോസ്റ്റ് ഈ മുഷബഗ് ബിഹിയായ ആ രണ്ട് സിംഹം ആ സിംഹത്തിന്റെ ആ നടങ്ങ് വാങ്ങിയിട്ടായിരിക്കും വെച്ച് ഈ മുഷബിലെ ഇപ്പുറത്തേക്ക് നഷ്ടാക്കിയതിനു ശേഷം അതേ രീതി ഓടി നടത്തിയത് എങ്ങനെ ആദ്യം നമ്മൾ അക്കലുകളെ അടിമകളോട് സന്ദർശിപ്പെടുത്തി അവിടെ വെച്ച് ഈ ഞാനിനെന്താക്കും സയ്ക്കാക്കലുണ്ട് സയ്ദ് എത്തുക്കാക്കലുണ്ട് ആ എത്തുക്ക എന്നുള്ള പുറകെന്താക്കി നമ്മളെ അക്കലുകളെ ചേർത്ത് കൊടുത്തു മുഷബഹിലേക്ക് മുഷബ് ബിഹിന്റെ അടിച്ചിട്ട് ിൽ ഇരിക്ക മത്തംപോയിരിക്കും ഞാൻ പറഞ്ഞത്തിലുണ്ടാവില്ലേ അപ്പൊ തഹരീൽ എന്നുള്ള തഹീലാണ് എന്ത് തഹീൽ എന്ന് പറഞ്ഞാലോ ആ മുഷി ബിഹിയ നേരത്തെ മരണമാകുന്ന സിംഹങ്ങളുടെ ഉള്ളിൽ ആ സിംഹത്തിന്റെ ഒരു രാജ്യമായ നഗത്തിനൊക്കെ തീരെ ചേർത്തുകൊടുത്തല്ല തഹീൽ എന്ന് പറയുന്നു അപ്പൊ അടിമകൾക്കുള്ളൊരു വസ്തു ആണ് ഇത് ഓഴിപ്പിക്കൽ ഇട്ടക്ക് ആ ഇന്ത്യക്കാതെ തഹരീദർത്തിട്ടുണ്ടാക്കി മുഷബിനെ ചേർത്തുകൊണ്ട് അതാ തീയിലും നിന്ന് പറഞ്ഞു അതർത്ഥി നേരത്തെ ഒരു പരത്തിൽ പറയേണ്ട ഹട്ടങ് പറഞ്ഞ് കണ്ണൂടെ വൊക്കൂലനാണെന്ന് പറഞ്ഞു രണ്ടുപോലെ പറഞ്ഞാൽ ആവർത്തനയ്ക്ക് വരും അതുകൊണ്ട് അപ്പറുണ്ടാക്കി മജാ തോറുടെ ഹട്ടിക്കത്തും പറയാം എന്നാ തപ്പൻ്റൂരായി നേരത്തെ മഹലിന്റെ പേര് അഴിക്കൊടുത്ത് അല്ല മഹലിന്റെ പേര് ആലിനൊടുത്ത് അവടെ അധികം തന്നെയാക്കി അതാണ് പറയുന്നത് ആദ്യം അവരൻ ഇബാറത്തെട്ടുണ്ടായിരുന്നു ബിൽ കൊലോപുന്ന കൊലോപനാണ് ഇബാറത്തെ ബിൽ ലൊക്കോ പറഞ്ഞു അതെന്തിനാ രണ്ടുപേർ അർത്ഥം ആണ് തപ്പാൻ നൂനാൻ ഇബാറത്തിന് വിറ്റാർക്കൊന്ന് അധികത്തൊന്ന് മജാത്ത് വെക്കാനെ അത് ഒരു പാങ്ങാണ് ആവർത്തനം ഒഴിവാക്കാനെ രണ്ട് രണ്ടു കയറി Estrbe. ോ ഇനി ദുക്കത്ത് പറയണം പ്രൊക്കെല്ലാം പറഞ്ഞു തരുന്നേ ദീപക്കത്ത് എന്ന് പറയണ്ടാ ജാറും പിന്ന ദീപത്ത് മജുറൂറ് മുത്തല്ലഖുൻ അത് മുത്താല്ല ഖാന്റെ ഹാറോയോട് എന്തിൽ നിന്ന് മോചിപ്പിച്ചു ദിബുക്കത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നാ വന്ന് റോവിനെ താലൂക്കത്തേക്ക് ആറോറയിലേക്ക് ആ മുത്തലക്കുൻ വരക്കത്ത് എന്നുള്ള പശുക്കുട്ടിന്റെ കത്തിൽ കയറി കൊടുക്കൂല്ലേ വായും പോടുമ്പോ അല്ലെങ്കിൽ കുടിക്കാൻ വേണ്ടിട്ട് കയറിട്ടു പോകും അതാണ് ഏത് അത്തില്ല ദുഃഖത്തിൽ എന്ന് പറഞ്ഞ സാധനം എപ്പോഴാണ് എന്താ അലപ്പി ഉമ്മയും ഈ പശുക്കുട്ടിന്റെ അമ്മനെ തറക്കുന്ന അവസരത്തിൽ കാര്യുടിക്കി ചാടാ വെക്കുന്നതാ എന്റെ കീട്ടിലിട്ടിട്ട് അതാണ് അത്തിൽ പ്രചോദം അതുകൊണ്ട് ഇവനെ ഇവന്റെ ഊർജ്ജങ്ങളും ഇവന്റെ വിശ്വാസങ്ങളും ഒക്കെ കടന്നെടുക്കാൻ വേണ്ടിട്ട് ആരും മറ്റോ സഹിതന്മാരോ ഈ ഹോജാക്കന്മാർ ആരോടുക്കി വെച്ചിട്ടുണ്ട് ഓരോ ഇത്തരത്തിന്റെ ആളുകളുണ്ട് അതാണ് ഇവിടെ വന്നത് ഏതെവാബിന്റെ വനവരാണോബ്ണ്ടാഹിബത്തിന്റെ ജമ്മാബ് ഷാഹിബത്തിന്റെ വനന്താഹാ കൂടിക്കലർത്തല് ഒരു താപനത്തിന്റെ ബൗതസ്ഥാനം കൂട്ടിക്കലർത്തി അതിന്റെ നറിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അച്ചോയാ അതാ ശാബ് ഇത്തക്കനീഡ് എന്ന് പറഞ്ഞല്ലോ തക്കനീതിന്റെ കലറപ്പാകം എന്ന റിക്കത്തു ഇലാഫത്ത് ഭയാനാപക പറയുന്നു ഓക്കെ അതെ അപ്പൊ ഇലാഫത്ത് റിതുക്കത്തിൻ്റെ ശേഷമുള്ളതിലേക്ക് ഇലാഫത്ത് ചെയ്യൽ എന്നത് മിൽ ഇലാഫത്തിൽ മുസബ്ബഹി ബിഹി ദിൽ മുഷ്ബഹി മുഷബഹി ബിഹിയെ എന്താക്കി മുഷ്ബഹിദക്ക് ലാഫത്താക്കലാണ് അപ്പൊ ഷെവാഹിബു തക്കലീതാണ് നമ്മളെ വിഷയം അതിനാദ്യം വേറൊരാളെ കത്തിക്കുന്ന കാരനോട് കശിബി ആക്കി ഇതിന്റെ മുരളംമാരെ കത്തിക്കുന്ന കയറിനോട് ആളോട് കാരനോട് കശിബി ആക്കിയിട്ട് അപ്പൊ മുഷഫ്ഹിഹിയെസ് മുഷബാഹിബ് അങ്ങോട്ട് കാപ്പത്താക്കിയു വക്കത്തുകളെ മുസ്ലിമോ കശബി ആക്കി എന്നിട്ട് മുഷഫ്ബഹബി മുഷബിയെ താപ്പത്താക്കി മഹദീർമാവില്ലേ ആവായിബ് വൈവ ഉള്ളാപ്പത്ത് ഇബിളാപ്പത്താക്കി ദീപക്കത്ത് ശവാ രണ്ടാപ്പത്തിണ്ട് ദീപുക്കത്തിന് ശവായിബിലേക്കും ശവായിബിനെ തക്കനീദിലേക്കും രണ്ടുളാപ്പത്തിണ്ട് അവിടെ അത് ബയാനിഞ്ഞത്വൻ അത് ബയാനിഞ്ഞാണ് എന്ന് വെച്ചാൽ തക്കനീതാണ് നമ്മളെ ശവായിബ് രണ്ടൊന്നാണ് ബയാനിയാക്കുമ്പോൾ സാധനം രണ്ടൊന്നായിരിക്കും രണ്ടില്ല ഇതാകുന്ന ഇത് എന്നല്ല പറയുന്നേ ഇതാകുന്ന ഇത് അപ്പൊ തക്കനീതാകുന്ന ശവായിബ് ആ ശവായിബാകുന്നതായിരിക്കും അപ്പൊ ലാഭ്യ വയാനിയാണ് വൽമാന ഒട്ടാത അർത്ഥം എന്തായില്ലോലന എവിടെ തുടങ്ങുന്നത് ഹെറോ തുടങ്ങുന്ന ഹല്ലത്തൂലന മിനീതി എന്താ കേൾക്കെട്ടുന്ന കാര്യോട് തശ്മിയാക്കപ്പെടുന്ന ഒരു തക്കലീരുണ്ട് ആ തക്കലീരിനൊത്താകുന്ന കാരണത്തൊട്ട് നമ്മുടെ അക്കലാകുന്ന തെക്കുക അന്നൽ മുക്ക തക്കലീത് ചെയ്യപ്പെട്ടവൻ ഏ മുക്കബരും വിത്തക്കലീതി തക്കലീതുകൊണ്ട് കുടുക്കി ബെഞ്ചുകെട്ടപ്പെട്ടവരാണല്ലോ ഏതല്ല കത്തക്കീരള്ളി ഹലി ഒരു പശുക്കുട്ടിയെ കാരു കൊണ്ട് കെട്ടിയിടാൻ പോലെ അല്ലെ യുവക്കാർക്ക് അതിന്റെ കഥത്തിൽ സംഭവിച്ചത് അപ്പൊ ആണോ ചിന്തിച്ച് മനസ്സിലാക്കുകൊണ്ട് കൈ ഇറങ്ങിയതുകൊണ്ടാണ് ഉപ്പുറ പറഞ്ഞത് വളന്തത്തു പറ്റി മണ്ടിയില്ല അതാണ് പറയാൻ പോകുന്നുണ്ട് അതുകൊണ്ട് സെയ്ദിനെ പറ്റിയ പറയുന്നു സെയ്യദുള്ള എന്താണ് അഷറഫ് ബനീ ആദം അനാ സി ഞാൻ ഉപ്പിടിപിടിക്കുന്നു ഞാൻ പറഞ്ഞ നമ്മള് നമ്മളാരാണ് മനുഷ്യന്മാർ മനുഷ്യനെ അശ്രഫാവണം അപ്പം ആദമില്ല സെയ്ദ് അപ്പുബാഹുഅഅീബൽ സെയ്തുഹീം മറ്റുള്ള ആളുകൾക്ക് അത് വനു ആദമല്ലാത്ത പാർട്ടിണ്ടല്ലോ അവര് ചെയ്താണ് ബില്ല് കാരണം മനുഷ്യന്മാരാണ് എല്ലാവരേക്കാളും അച്ചറഫ് അവരുടെയും ഉന്നതന്മാരായ സെയ്യദാണ് അടുത്ത കണ്ടത് അപ്പോ നാൾക്കാല മൃഗത്തിനേക്കാളും ജന്നുകളെക്കാളും എല്ലാവരെയാളും സെയ്ദാണ് ബില്ലൗലേ അഷ്റഫിന്റെ അത്രഫായേക്കാളും എത്ര പേ അതാ വൻ ഇതിലുള്ള ഖാനാണ് സയ്യദിനാ എന്ന് പറയുമ്പോ നമ്മളെ നേതാവ് എന്ന് പറഞ്ഞു മ്മളിലേക്ക് സയ്ദിനിൽ ലാഭത്താക്കി ആ സയ്യിദ് ഹാദിലെ സയ്യിദ് മുഹമ്മദ് സല്ല മതങ്ങളാണ് അത് തന്നെയാണ് ഇലാഫത്ത് ഇന്നലാണ്ട് എം എൽ ആർ അവിടെ മുഹമ്മദ് ഇപ്പോൾ ബദലെടുക്കുന്നത് ആ സയ്യിദ് ഉൽ മഹരോം എന്നായി അറിയപ്പെട്ട ഒരു പ്രത്യേക ഒരു സയ്യിദ് അതാണ് സയ്യിദിനെ അങ്ങോട്ട് ഉദ്ദേശം ഇന്നല്ലാണ്ട് നമ്മളെ എല്ലാ നേതാക്കന്മാറും வக்கதஹாஹ வக்கதமஹு அலா முஹம்மதின ஸனரா அனா சையிதுனா முஹம்மத அலா முஹம்மதின் சையிதுனா என்று வந்து பாருங்க இந்த ஸலாதில் சையிதுனா முஹம்மதாவை நல்லா முஹம்மதின சையிதுனா என்று வந்து வந்து ஜொ கத்தபஹு சையிதினே முந்திச்சு அலா முஹம்மதின என்ற வார்த்தை இருக்கு ஏதோடப்ப மஹன்னஹு ஸிஃபத்துல்லஹு முஹம்மதின் ஸிஃபத்தான தான சையிதுனா அப்ப ஸிஃபத்து பிந்தி இது எல்லானுலோ அவசியம் ഇപ്പൊത്തെ മോൾസോഫിനെ പിന്തുണമെന്നാണ് അസുരം ആ അച്ഛനെ തൊട്ട് തെറ്റിച്ചോട്ട് പിന്തിച്ചെന്തിനെ അത് ഇഷാറാലിഹിൻ ഈ സയ്യിദെന്നത് തന്നെതുണ്ട് താവി ആക്കിയാ പോരാ അത് സ്വന്തം ഒരു വസ്താവ് ഉള്ളൂ അറിയിക്കാനാണ് നേരെ മറച്ചി മുഹമ്മദിനോട് താവി ആക്കിയാൽ എന്ത് വരും സൈദ് താവി ആയിപ്പോയി സിയാനത്ത് എന്നുള്ളത് വെറും താവി ആയിപ്പോരാ അരൽ ലിത്തിരാക്കാം അന സെയ്ദ് ഗുൽജ്യാദം എന്ന് പറഞ്ഞു അ തങ്ങൾക്ക് എപ്പുണ്ട് അവർ എത്ര താവി ആയപ്പോ അത്താ താളത്തിൽ അപ്പൊ എന്താ അനമിന്ന മാതിരിയായി വസ്തല്ല അലമിന്ന പോലെയായി അപ്പൊ എന്താ അനമാ അനോമുണ്ടല്ലേ വേണ്ടി വയ്യ സീദിന്റെ ലോഹത്താ പറയുന്നു സയ്യിദ് ലോകത്തു ലോകത്താൻ ലോകത്തിൽ ൻ ഒരാളാണ് ഫാത്തൈറഹു വേറൊരാളേക്കാൾ മികച്ചു നാളെ തൈര് ലോഹത്തിൽ പറയാം കറമാലും ഷിൽമാലും രണ്ടു രണ്ടു വസ്തുവേണം ആ രണ്ടു വസ്തു മറ്റുള്ള ആളുകൾക്കൊന്നില്ലാത്ത രീതിയിൽ ഒരാൾ അടങ്ങിയാൽ അയാൾ തൈര് ലോഹത്തിന് ബദി നെയ്താവൂല ഈ രണ്ടു വസ്തുവിന്റെ കൊസൂസ് ഉണ്ട് അതായത് താഴെ പറഞ്ഞിട്ടതാ ബി ബദി ലിൻ മിൻസാൽ ഉം അവിടെ പാട്ടാടത്ത് എടുക്കു തോന്നുന്നുണ്ട് പഹുവീതു എന്ന് അത് പിടിച്ച അട ഇത് മീൻസ് ആടെ പാട്ടിന്റെ ബാക്കിയല്ല പാട്ടൊക്കുന്നില്ലല്ലോ നേരം അങ്ങനെയാ അതെ ബാക്കി അതിന്റെ അനുസരിണ്ടാ ബി ബദേലിൻ വഹീൽമിൻ ബാദേലേദാണ് എത്രവരുടെ കറമ്ൽമു ആ രണ്ട് വസ്തു കണ്ടാണ് ഒരു ഫത്ത അവരെ കൗമിൽ സയ് മാറും ഇത് രണ്ടും ഉണ്ടാകുന്നു ഇതെന്തിൽ നിന്ന് പിടിച്ചതാണ് സാദ യസൂതു സിയാളത്തൻ അപ്പന്ത സാധ യസൂദിനെ ഭാവിയും അല്ല അപ്പൊ സെയ്യദിന്റെ അച്ഛന് പറയാ സൈ ബീദു എന്ന് പറയണ നേരം സാദ യസൂദീദു എന്നാണല്ലോ വരേണ്ടത് അതിന്റെ പൈ ബീല് വരുമ്പോ സൈ എന്നല്ലേ വരേണ്ടത് मुता वावे नम्मा वावे इवे क्या मैं മറിച്ചിട്ടാ അവ രണ്ടേ അവര് വെച്ച് കൂടി അപ്പൊ അപ്പുറത്തെ ഞാൻ രണ്ടാമെന്നല്ല രാവന ചെയ്യാം നമുക്ക് ഇത് വയ്ക്കളിയ ആരൊക്കെ ഞാൻ കുറിച്ചിട്ട് ഇതാകലാ തൊട്ട മുമ്പുള്ള രണ്ടാമത്തേ പിടിച്ച ഒന്നാമത്തേനാ ഇത് അത് ഇത്ഹാമിന്റെ ഉദിഹന്ത ആയി തിരിഞ്ഞാണ് ശരിക്കു പറഞ്ഞ കായില എന്താ വേണ്ടത് മുതുകമാണ് മാറ്റി വയ്ക്കപ്പെട്ടു ഇതിന് മുതുകൊഫീന്ന് മറിച്ചിട്ടുള്ളത് ഒരു സാധനം മറ്റൊന്ന് ഇതഹമാക്കുമ്പോൾ ഇതകാമോ ചെയ്യപ്പെടുന്ന സാധനം ഉണ്ടല്ലോ വയ്ച്ചു നിൽക്കുന്നത് ഉൾക്കൊള്ളിച്ചുണ്ടല്ലോ ഉൾക്കൊള്ളിച്ചതിനെ മറിച്ചിട്ടാണല്ലോ ഇതഹമാക്കേണ്ടത് ഇവിടെ നേരെ അക്തം നമുക്ക ഒന്നാമത്തെ യാത്ര മുതകമാണ് ഒന്നാമത്തെ ആൾ മുതുക വാവ് വാവനെ മറഞ്ഞ് യാകാക്കിയിട്ട് മറിക്കപ്പെട്ട യാ ഇതാണ് ഉണ്ടാക്കിയത് ഒന്നാമത്തെ ഒരു ഞാൻ ഇതഹമാക്കിയത് സാധാരണ പതിവ് എങ്ങനെയാണ് എന്തിനാണോ ഇതഹമാക്കേണ്ടത് അതിനെ മറിക്കുക ഇതഹ മുതമ ഫീ അങ്ങനെ അങ്ങനെയാണ് പക്ഷേ നട്ടോടാണ് വൽ കായിരത്തു അന്നൽ മുതുക ചെയ്യപ്പെടുന്ന ഒന്നാമത്തുണ്ടല്ലോ അതാണ് ഇതുവല്ലോ മറിക്കപ്പെടേണ്ടത് അതാണ് എന്നിട്ടോ വൈറ വൈവ്രംസിൽ മുതകമീ മുതകമീടെ ജീൻസിലേക്ക് അതിനും രൂപാന്തരപ്പെടുക്കണം ഇവിടെ ചെയ്ത നേരം പക്ഷെ ഇവിടെ ചെയ്ത പണി എന്താ ലമാകാലത്തിൽ വാവിനേക്കാണ് അഹഫം ഏത് വാപ്പ് നമ്മുടെ തൈ രീതിയിലുള്ള വാബുണ്ടല്ലോ അതും നോക്കിയാൽ അഹഫ് യാണഫ് ും വാവിനെ പഠിച്ച യാതാക്കിന് മുത്തലക്കാഴ്ച മറച്ചാണെന്നാണ് അത് അവിടെ തീർന്നു ഇവിടെ ചെയ്ത പണിയെപ്പറ്റി പറഞ്ഞത് തസീഫ് നോക്കി ഞാൻ മറച്ചു വയസ്സില കോഫിൽ ലോകത്തിനായി എനി ഈ സയ്യദെന്നുള്ളത് ലോകത്തിൽ ഒരു പ്രയാക്കം പറഞ്ഞു ഷെൽമാലും കർമാലും ലയിച്ചു നിൽക്കുന്ന ജലക്കൂട്ടം ഉണ്ടല്ലോ അയാളെ പിന്തുണക്കുന്ന ജലക്കൂട്ടം അയാളെ ജയ്സ് അത് വധിച്ചും ലോകത്തിൽ പറയരുണ്ട് അപ്പൊ കൂടുതൽ ജല കിട്ടുന്ന ആൾ ആരാണോ അയാൾക്ക് സെയ്തെന്ന് പറയാം ഹെൽമ കുറവൊന്നും പോകുന്നില്ല അവ മീരപ്പനിക്കാരാന്ന് വല കൂട്ടത്തിൽ തെയ്തന്ന് അങ്ങനെയും പറയാം സവാദിച്ച ജയ്സ് കറുപ്പ് നാത്തമാക്കാൻ ജയ്സം അവിൽ മുത്തവല്ലയിൽ ഇഷ്ടവാദി അല്ലെങ്കിൽ ആ ജനക്കൂട്ടുണ്ടല്ലോ ആ ജെയ്ഷന് മുത്തവല്ല അടുക്കുന്ന ആളാരാണോ അയാക്കുൽ സൈഡെന്ന് പറയാം അ ജമാഅത്തിൽ കബീറത്തിന്റെ മാത്രമല്ല അത്രപ്രയോഗം ഈ രണ്ടു മുളയിൽ കാമിരിൽ മുഹത്താദിയിലെ ഹിന്ദി പ്രയാസകരമാകുന്ന രംഗങ്ങളെല്ലാം നമുക്ക് ആരക്കൊള്ളിയാണോ ആവശ്യമായി വരുന്ന അങ്ങനെയുള്ള സമ്പൂർണനാൽ രക്തിക്കുന്ന് പറയും സെയ് എന്ന് പറയും നമുക്കെന്തെങ്കിലും ഭക്ഷണം വരുമ്പോ നമ്മൾ പാഞ്ഞെടുക്കുന്ന ആളുണ്ടാവുമല്ലോ ിലേക്ക് പോവാം അതിന് നമുക്ക് ഇന്നിലേക്ക് പോവാം അപ്പൊ യാത്ര ആ കാവിലായ ആ വ്യക്തിക്ക് എന്ത് പറയും സൈഡെന്ന് പറയും അപ്പൊ ലോകത്ത് പറഞ്ഞു രണ്ട് ലോകത്ത് പറഞ്ഞു മുത്തവല്ലേക്ക് പറഞ്ഞു നാല് നാല് മതി ഇവിടെ പറഞ്ഞത് അന്ന് നാലിന് ഇവിടെ ഏതാണ് എല്ലാമുണ്ട് എല്ലാമുണ്ട് ഹെൽമും കറവും ഏറിയിട്ടുണ്ട് പിന്നെ നബീ സല്ലാ അലഹിബു സല്ല്മ തങ്ങൾക്കുള്ളത്ര ജനക്കൂട്ടം ലോകത്താർക്കും കിട്ടിയിട്ടില്ല അതിന്റെ എല്ലാം മുത്തവല്ലിൻ എന്നെയാണ് തങ്ങളും ഇനി പ്രയാസങ്ങളും ദുഞ്ഞാവണത്തിലും എന്ത് തന്നെ പ്രയാസങ്ങള് വന്നാലും തങ്ങളെ ആളിനെ തന്നെ നമ്മളെ വൈനാ റാസി ഇല്ല ഇടീന്ന് പറഞ്ഞില്ലേ അപ്പൊ ഈ പറയപ്പെട്ട നാലർത്ഥവും മക്കാമിഹിയ മക്കാമിഹിഹു അലിഹിബത്തു നമ്മൾ തങ്ങളുടെ ഉന്നതമായ മക്കാമിന്യ അനുയോജ്യം തന്നെയാകുന്നു ഒരു ചോദ്യം സൈക്കിത് എന്ന് നവീസൊള്ളാഹ് അരീബൊക്കെ നമ്മളുടെ നമ്മൾ പറയണമെങ്കിൽ എന്ത് വേണം ആയിരത്തിലോ നമുക്ക് തെളിവ് കിട്ടണം അല്ലാതെ കാലത്തോളം ഹാമ്പു ഇല്ലാണ്ട് കുറഞ്ഞുകൂടാവാണ് പണ്ട് നിയമം പറഞ്ഞത് അള്ളാഹ് നസിഫാത്ത് പോലും ഈ ജിത്ഹാദിന് പറയാമെന്ന കൂട്ടുകൾ എന്നെന്താക്കിയിട്ടില്ല തങ്ങൾക്കത് വറഞ്ഞൂടാതാ വേണ്ട എവിടെ ചോറ തോന്നി അത് വസ്തു കൊടുത്ത് സദശ്യപ്പെടുത്തി വന്നേക്കും അത് പറ്റൂല അതുകൊണ്ട് അത് പറഞ്ഞോട്ട് വരണ്ടേ അര് പറഞ്ഞു അലേ ഹി അലേഹി തങ്ങൾക്ക് സയ്യദ് എന്ന പ്രചോദനം വർദ്ധപ്പില്ല അബ്ബാർ അത് ധാരാളം അതീതെന്ന് അപ്പൊ താൽപ്പര്യം منها عزيز البرتوامنه رباة أحمد وبرمذيق وبرماجا عن نبي سعير دمي الله عنهم أنا سيد بلد آدم يوم القيامة ولا تقرأ أنا سيد بلد آدم يوم القيامة ولا تقرأ يوم القيامة قيادوا تنظر أن قيام النار لأنه شريكي بوليك برمذر ഇതല്ലാണ്ട് മറ്റുള്ള അവസ്ഥാ മാനകിയാജി നടക്കും ഹിസ് ചെയ്യാജ് വെളിപ്പെടുന്നത് എപ്പോഴാണ് വന്നാൽ അതുകൊണ്ടാ യവങ്ങൾക്ക് ചെയ്യാൻ പറ്റുപോലെ അല്ലെങ്കിൽ മുത്തലക്കൻ ചെയ്ത് ഇല്ലാതുമ്പോൾ തന്നെ പറഞ്ഞിഫ് രണ്ടർത്ഥം കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ പ്രസു പറയുന്നത് അല്ലാതൊരു വലിയൊരു പ്രസുദ് മറ്റൊന്നുമില്ല വലിയൊരു പക്റാണ് ഇതിനകത്ത് ഞപ്പുറം ഒരു പസ്തു ഒരാൾക്ക് കിട്ടാനില്ല അപ്പൊ ഒന്ന് തങ്ങളെ തവാദനെ അറിയിച്ചു മറ്റൊന്ന് തങ്ങളെ വിരൂപൽ മർത്തബത്തിനെ അറിയിച്ചു മറ്റു അറിയിച്ചു വന്നുള്ളൂക്കം മുത്തവാത്തിറത്തി മുത്തവാത്തരായ വേറെ ധാരാളം ഹദീസുകളും ഉണ്ട് ഏ ഇനിഷ്കാരുണ്ട് തങ്ങളൊരാള് ചെയ്യരുതെന്ന് വിളിച്ചപ്പോൾ കലമീന് വരും അവർ തങ്ങളെ കുളിച്ചൂടാന്നല്ലേ അച്ഛാ അർത്ഥം പറഞ്ഞത് അനിഷ്കാര് അതാ ോ എന്ന് പറഞ്ഞു അപ്പൊ തങ്ങൾക്ക് പിടിച്ചില്ലാന്നല്ലേ അർത്ഥം വന്നത് അതിന്റെ അർത്ഥം ആണെന്ന് അർത്ഥത്തിനാണ് അപ്പൊണ്ടല്ല وَإِلِيْسْتَانْ تَفَتَّهِمْ بِاللَّهِ نُعَلَى إِذَا هِسْيَانَةً حَقِيكِيهِ اِسْيَاءَتَّ اللَّهُ مَتُرَمْ هِيَّاكِ مِهُمُّهُ يَا فَنَسْتَيْلَنْدُنْدُّ حَقِيكِيهِ اِسْيَانَةً لَيْكِيهُ تَحَسْرُنْدُّ الله يُعِرِي يَنْدَيْهِ حَسْرِ اللَّهُ وَعَنْهُ اسِنُنْدِي لِلَّا حَ അപ്പൊ സിയാറുക്ക് അത് കടമാങ്ങുമ്പോഴത്തെ പരിപാടിയാണ് അപ്പോ എനി അന്ന് പറഞ്ഞില്ലേ അല്ല മാത്രല്ല തങ്ങളും ദേഷ്യം പിടിച്ചത് അതുമുള്ളത്തേക്കും ആ ജാഹിരായ ആളുകൾക്കിട്ടല്ലോ ഹൈക്കത്തെ അറിയിച്ചു കൊടുത്തത് യഥാർത്ഥ സൈത അള്ളാഹു ആണേന്ന് അന്നെ വിളിച്ചുടാൻ അപ്പത്തിനല്ല അസഹ്യാണെന്ന് അസൈ കളിക്കാമെന്നോക്കം നമുക്ക് ഹകൈക്കത്തിൽ സൈതാരി അള്ളാഹുത്താലെയാണെന്ന് അറിയില്ലാത്ത അറിയിച്ചു കൊടുക്കലാണ് അവളുടെ ഉദ്ദേശം അല്ലാതെ എന്നെ വിളിക്കാൻ പാടില്ല എന്ന ശരിക്കു ചിന്തിച്ചോ ചൂടേ അഹമ്മദീൻ സറിയാം അത് ബദലാണേ സീദിൽ നിന്ന് അതിപ്പ ഭയാനുവാക്കാം അര എന്തിനേ മതേ സെയ്ദിൽ നിന്ന് അതിപ്പ ഭയാനുവാക്കാം അല്ലെങ്കിൽ ബദലുവാക്കാം രണ്ട് തർക്കീബാവില്ല രണ്ടാലും താവി തന്നെ ഏതായാലും തിമുതാക്കാൻ പറ്റില്ലല്ല ഈ അതിഹേ ഈ മുഹമ്മദിൻ എന്ന പേരെന്തിനാ കൊണ്ടുവന്നപ്പെട്ടതിൽ മതഹേ മതഹ പറയാൻ വേണ്ടിയിട്ടാണ് അതിന്റെ താപ്പം ഞാത്ത വേറിയും വരുന്നുണ്ട് നേരത്ത് വരാനുണ്ട് അതുപോലെന്താക്കും ഞാത്തിന് വേണ്ടി വരത്തി അല അലമ്പോട്ട് തന്നെ നേറിയാലു വേണ്ടി ഞാത്തു വരാറുള്ളത് പോലെ അലമിന്റെ എടുത്തു വെച്ച് മഹമ്മദില്ല മാനയിലേക്ക് നോക്കിയ അലമീഞ്ഞത്തെ അങ്ങ് ഒഴിവാക്കി ചെയ്യാൻ നോക്കിയാണ്ടാർത്ഥലേ എല്ലാവരും ഏറ്റവും അധികം എല്ലാവരെയും ശ്രുതിക്കപ്പെടുന്നവർന്നാണല്ലോ ഓട്ടവേന ഉണ്ടാവില്ലേ അത് അലമാക്കി കൊണ്ടു വന്ന് അപ്പൊ രണ്ടുപോയി അപ്പൊ ജി അബി എന്നതിനെ കൊണ്ടുവന്നു മതഹിഞ്ഞ് ഏതുപോലെ ഞാൻ ത്വം സാധാരണ മതഹിന് വേണ്ടി കൊണ്ടുവരാറുണ്ട് ുംഹാദാലിക്കലാക്കുന്ന അവസരത്തിൽ ഒരു താവാറുണ്ട് പറഞ്ഞിട്ടുണ്ട് ബദലാക്കുമ്പോൾ ബദലായിരിക്കും നടക്കേണ്ടി വരിക അതിന്റെ അവനുണ്ടല്ലോ ആദ്യത്തെ മുബുതലും ബിന്ദു ബിന്ദു ഞാൻ മസുവാക്കപ്പെട്ടവന് ആ മസു വായിക്കില്ലാ വരടി ഇവിടെ അഹമ്മനിയാവാദി അയാക്കാബാദി ഇവരി തള്ളിപ്പോയി ബദലാക്കല് അക്കൽ ഞാൻ തല മറ്റേ തിന്നിട്ടില്ല എന്നല്ല അർത്ഥം ഹക്കുമൻ അവർ പറഞ്ഞില്ലല്ലോ ഹക്കുമലിന് മുട്ടത്തിനെ കൂടി ആയിക്കോയില്ലേ അപ്പൊ അല തെയ്ദിനഹമ്മദ് ബദലാക്കിയ മുഹമ്മദ് തൈര് തള്ളിപ്പോയിന്ന് അർത്ഥം വരിക തെയ്ത് മക്സൂറായിട്ട് മുദിക്കുകയും ചെയ്യുന്നു അപ്പോൾ കൗരഭം നഹവീങ്ങൾ പറഞ്ഞിട്ടുണ്ട് അന്നൽ മുബുതല ഹിന്ദു മധുറോഹിന്റെ സ്ഥാനത്താകുന്നു എന്ന് പറഞ്ഞത് ഇവിടെ ഇഷ്കലായി വന്നു അപ്പൊ ചെയ്ത മുബുതല ഹിന്ദു അത് തല്ലിപ്പോയി നി അർത്ഥം കിട്ടുക ഏതോടൊപ്പം മാ അന്നു അലൈസ കൂടെ അങ്ങനെ ആകാൻ പറ്റൂലും അൽ മുബുതോമി ഹുക്കുമിത്തറീന്ന് മിന്നൈസുൽ നമ്മളെ കത്തിൽ അങ്ങനെ അതിന് മുമ്പുള്ള അമിൽ ഇതിൽ അമൽ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഇതാണ് അമൽ ചെയ്യുക എന്ന അർത്ഥത്തിനാണ് അനാ ജെറുണ്ടല്ലോ ജെറുന്റെ അച്ഛൻ ഇവിടെ അമൽ ചെയ്തതിന്റെ മുകളിലാണ് മുഹമ്മദിൻ എന്ന മുബലിൻ ബദലാണ് അമൽ ചെയ്യുക എന്ന അർത്ഥത്തിനാണ് നല്ലന്നല്ല മക്സൂദ് അലി പോയിന്നർത്ഥത്തിനല്ല നമുക്കിപ്പ മുന്നേറ്റോ ലിഅന്നദൽ മുഹബലിൻ സാരി മറ്റുള്ള താപേകൾക്കെല്ലാം ഒരു പ്രത്യേകത എന്താണ് ഒന്നാമത്തേനെന്താണോ അമൽ ചെയ്തത് മക്കുപോലെ അതേ അമേരക്ക് താമീനും വരിക ഇവിടെ അങ്ങനെല്ലാം അപ്പൊ അമലിന്റെ ഭാഗത്തിൽ കൂടിയാണ് ഇവിടെ വരിക അപ്പൊ അലാ തെയ്ദിനിട്ട് അലാ മുഹമ്മദും അകത്തു എല്ലാം വഹു മുഹമ്മദും ആക്കാൻ അവിടെല്ല അലാ തയ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദിൻ മുഹമ്മദിൻ മുഹമ്മദും മൂന്നും പഠിക്കാല എന്നുണ്ടെന്ന് ഹു സങ്കല്പിക്കാം ആരാണ് നിങ്ങളെ തെയ്യത് ഹു മുഹമ്മദ് അല്ലെങ്കിലോ വേറൊരാമിലെ സങ്കല്പിച്ചിട്ട് മുഹമ്മദ് നൂറ് കൊടുക്കാം മറ്റുള്ള കാപികകൾക്ക് അങ്ങനെയല്ല ഒന്നാമത്തെ ആമില് തന്നെ രണ്ടാമത്തെ ആമില് എന്ന് പറഞ്ഞാൽ മുക്കംവാ ശക്തിപ്പെടുത്തപ്പെട്ടവർക്ക് ഒവ്വത്ത് നൽകപ്പെട്ടവരെന്നാണ് അഭിനത് ഈ ദിൽ നിന്ന് പിടിച്ചതാണ്അയ്യമുലാണല്ലോ അർത്ഥം കൊടുക്കുമ്പോൾ അർത്ഥം തത് വിയത്ത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മസ്ജിദത്തിന്റെ ജംആാണിത് മസ്ജിദാക്ക് عند ماجدته وهو الامر هذا كل العاده الواقف على يد مدعي النبوهتي المقبول مكرمنا المقبول بالتحدي وهو اي مجدته ان الامر هذا كل العاده عاده في ردമായി വരുന്ന ഒരു കാര്യമാവുന്നു അതിന്റെ തൈപ്പോടാ അപ്പൊ നമ്മളെ മന്ദിക്കുണ്ടെങ്കിൽ ജീൻസും പുത്തനും പറഞ്ഞിട്ടൊന്ന് അൽ അമ്പുള്ളിൽ ഹാരി തുള്ളിൽ ആദത്തി എന്ന് പറഞ്ഞാൽ അല്ല അമ്പ്രൂന്നുള്ള ആ ജീൻസായി അൽ ഹാരി തുള്ളിൽ ആദത്തി എന്ന് പറയുമ്പോ അതിനൊരു പുത്തനും കൂട്ടി അപ്പേതെല്ലാം പുറത്തുപോയി അത് വാങ്ങിയാക്കി ഇതിന് ആ അതെല്ലാം പുറത്തുപോയി അൽവാക് യോ വീണ്ടും ഒരു പുറത്തേ അൽവാക്യോ അലായതി മുദ്ര െയ്യുന്ന ഒരാളെ കൈമലിൽ നിന്ന് പ്രകടമാകുന്നത് എന്ന് പറഞ്ഞു കൈ എന്നുള്ളത് വെറും മാലിന് വന്നേ ഉള്ളു വേറുവാക്കിത്താം നല്ലാണ്ട് ഓർമ്മ ആവിൽ കൂടി വന്നാൽ തിരക്കുള്ള കൈമിൽ കൂടി വന്നാൽ തിരക്കുകളില്ല ഒറ്റ രീതിയിൽ കൂടി വന്നാൽ തിരക്കല്ല അപ്പൊ ഏത് ഈ കയ്യന്റെ മുപ്പുതല്ല അത് കൊണ്ടു വന്നല്ലോ അത് അമ്മ അപ്പോ ഏതു പോയി കറാമത്തല്ല പുറത്തുപോയി അന്റെ ബദുരാണിത് മാത്രമല്ല ഞാൻ റസൂലാകുന്നു അല്ലെ ഞാൻ ആകുന്നു എന്ന വാദം ഉന്നയിക്കുന്നു അപ്പൊ നിബുവത്തിന്റെ മുമ്പെന്തില്ല തഹദ്ദിയില്ല നിബുവത്തിന്റെ പ്രകടമാർത്തുപോയി അപ്പൊ ഏതെല്ലാം പോയി അൽ അംബ്രൂ എന്ന് പറഞ്ഞതെല്ലാം പെട്ടെന്ന് ഹാരിക്കുന്നവർ കൊണ്ട് റൈറു ഹാരിക്ക് മുദൂപത്തിന്ന് പറഞ്ഞുകൊണ്ട് വിലായത്തിന്റെ മൊക്കാമൽ കറാമത്ത് പോയി പിന്നെ വേറെന്തങ്ങൾ സവാരിക്കൊല്ലാതെ പറയാം മറ്റേ സംഘത്തും അതും ശരിക്കും അകത്താണല്ലോ നാഗികളെ മാത്രങ്ങൾ സവാരിക്കൊല്ലാതെ ഉള്ളു അതീകത്തെ സവാതിരിക്കില്ലാതെ എത്രയേ ഉള്ളൂ രണ്ട് പിന്നെ ഇർഹാത്താതമുണ്ട് നബിയെ തതി വന്നിട്ടില്ല വന്നത് നബിയാണ് തന്നെ സാമൂഹാകം പറ്റിപ്പോയി വളർച്ച തീ കെട്ടുപോയി ജനങ്ങളെ ചിത്രാണ്ടവാളികൾ തകർന്നുപോയി ഇത് മക്കറോണും വിട്ടഹന്തിയല്ല അതിനുമുമ്പാണ് അതും പോയി മൊത്തം എത്തിക്കതിനെ പറ്റിയുള്ള വിശദീകരണം വിശാദശേഷം പറയൂന്ന് കുഴപ്പമില്ല മൊത്തം കൂട്ടി നമുക്ക് അദ്ദേഹം തിരിഞ്ഞു പോയി എന്തിന്റെ ജൌഹന്റെ കാര്യം ഇപ്പൊ മറ്റേ അമ്മിലേക്കോ അതിന്റെ സ്ഥലത്ത് കുട്ടികൾ പറഞ്ഞിട്ട് ലോകത്തിലെന്തിന്റെ പോകും ലാജ് സ്ഥലം മുട്ടുകാർത്തേക്ക് ഒന്നെങ്കിൽ ജവഹറിലേക്ക് മുട്ടുവോ അല്ലെങ്കിൽ അറുന്നിലേക്ക് മുട്ടുവല്ലോ ഒരു ജവഹറിലേക്ക് നിങ്ങൾ ഇൻസാണ താരി പോട്ടേക്ക് അവിടെ ജവഹറിലേക്കല്ലേ മുട്ടുന്നു ആ ജവറക്കാവിലാദി ഇന്ന് കൊണ്ടു തുടങ്ങുന്നു ഇതിലെന്തിനേക്കാം വിട്ടുക അറങ്ങിലേക്ക് വിട്ടുക അമ്മ ഖാദിക്കൊല്ലിൽ ലാഭത്തിൽ നിന്ന് ചെന്നുകൊട്ടുന്ന എന്തിനേക്കാൾ ജവഹറിലേക്കല്ലേ അറുന്നിലേക്കാവുക അറന്താണെങ്കിൽ എന്തിനാ നോവുക ജവറിലേക്ക ജവഹർ എങ്ങനെ അറിവിലേക്ക് പോകാം ജോഹർ വേറെ അറിവ് പറയാ രണ്ടും രണ്ട് വിഭിന്നമായ രണ്ട് സാധനമുണ്ട് ഇപ്പം ആകെ ലോകത്തിലുള്ള മുഴുവൻ സാധനങ്ങൾ ഒരു ജവഹറും ബാക്കി അറിവിലേക്കാണ് മൊത്തം അക്കൂലാത്ത അരിയാതെ കൊണ്ടുണ്ട് അപ്പൊ താരീഫ് എന്ത് പറഞ്ഞാൽ ഒന്നിക്ക് ജവഹറിലേക്ക് മുൻതഹിയാകും അല്ല അറിവിലേക്ക് മുൻഹ്യാവും ഈ താരീഫ് എവിടത്തേക്കാ മുൻതഹിയാ ഈ ജവഹറിലേക്കും അറബിലും അറുപത് അറിവ് ഏത് കമ്മാണോ കമ്മേക്കാരുല്ല പട്ടാണ അറുപത്തെ ഉണ്ടാവില്ലേ പറ ആ പിന്ന അയിന പട്ടാ പിന്ന കമ്മിൽ അവിന്നല്ല അവർ കാണിക്കില്ലാ ഒന്നിക്ക് കേക്കിലേക്ക് പോകണമല്ല കെയിലേക്ക് പോണം കേക്കിലേക്ക് പോകാൻ മെയിലിലേക്കോ പോകണം അയാളുടെ ഉദ്ദേശം ഒന്നിക്കും കഴിച്ച് ഇല്ലെങ്കിൽ കീല് ചിന്തിക്കുന്നു നിങ്ങൾക്കാട്ടില്ല ആദിബത്തി പ്രതിപക്ഷത്തിന് മുഴുവനും കീഴത്തി കളിയ തരത്തിൽ ആരും പോത്തു കൊടുക്കൂലി തങ്ങളുടെ ആലിന്റെ മേലുണ്ടാമുറാദ് ഇവിടെ ആല് കൊണ്ടുദ്ദേശമാരാണ് ജബീറുമാ മുഴുവൻങ്ങളുമാവുന്നു അപ്പോൾ ആറിന് ശേഷം അസഹാബിന് അത് എന്താന്ന് അറിയോ ആമിന്റെ ആര് ജമീനാകാത്ത പുറത്തേക്കാറാണല്ലോ ആമിൻ്റെ അപ്പോൾ അതൊക്കെ വളരെ വ്യക്തം ിൽ മനാബ് എന്നുള്ളത് അത്താകുന്നു അതുകൊണ്ടുകൊണ്ടാ ആര് തൈക്കൂടെ ആരുംക്കാൻ പൊച്ചൂല എന്നൊരു ചോദ്യമുണ്ട് ഇവിടെ പൊച്ചൂല ഇതുകൊണ്ടെന്തറിയോ ആര് എന്നുള്ള ജമീ ഉള്ളത്ത് പാട്ടുന്ന അവസ്ഥ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഞമ്മക്കൊന്നും ഇല്ല മനാത്തിൽ ഫാ എന്ന് പറയാൻ അവകാശമില്ല അപ്പൊ ആടിനെല്ലാം ഉമോ മന്ത്രുന്നുണ്ട് ഇവിടെ തടയുന്നുണ്ട് എന്തിനെ ഉണിൽ മനാത്തിമിൽ പാർട്ടി പത്താകല്ലത്ത് ആത്മത്വത്തിൽ ഗണാമത്തെ കണ്ടുകൊണ്ടിരിക്കുന്നതാ നമ്മ ഓർക്കുള്ള മനസ്സിലാക്കിയിട്ടുണ്ട് ഓരോ ഓരോ ഉസ്താവിനെ കൊണ്ടും ജീവിത ഞാൻ എന്താ നിങ്ങളെ കിട്ടാറു നോക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇനി ഓരിലേക്കൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അപരില്ലേ അപ്പൊ അത്രാബിൻ ആക്കിയ കല്ലി എന്താന്ന് ആല് എന്നുള്ള അപ്പറ ആക്കി വെച്ചപ്പോ ഉള്ളിൽ മനാത്തിൽ പാത്രം എന്ന് പറയുമ്പോ നമ്മക്ക് നമ്മളെല്ലാം പൊട്ടാരാക്കി ചെയ്യാവൂലും ഈ ആലിയെ മുസ് കൊണ്ടു വന്നു അല്ലെ ദുസ്താബ് കൊണ്ടു വന്നു അല്ലെ ഷെയ്ത്ത് കൊണ്ടുവന്നു പുസ്ത പുസ്തമാൻ കൊണ്ടു വന്നു അല്ലെനിക്കിട്ടു എന്ത് വാരാ ആരി കൂട്ടിയത് അതെന്തിനാണ് പറയാം ഹദീദിനുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാകുന്നു ഹരീസാൻ തെളിവ് എങ്ങനെ ുംസൂർവൻ എങ്ങനെയാണ് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ അവ നിന്നാളാകൾക്ക് ഒഫിറലഹു കപലക്കു അത് ഇരിക്കുന്നതിന് മുമ്പ് അവൻ ദോഷങ്ങൾ പുറക്കപ്പെട്ടു വൈകാല കാ ഇതൻ ഇരുന്നവരാണെങ്കിൽ ഒഫിറൊലഹു കപലുമാ നില്ക്കുന്നതിന് മുമ്പായിട്ട് ദോഷം പുറപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു അതവിടെ തീർന്നു വൻ ആരെയെന്നുള്ളതായിട്ട് അല്ല പറയുന്നു എന്താ ലഫ്റതിരിന്റെ അത് ഇസ്മുജമെന്നുപോലും ഇസ്മു ജമ അർത്ഥം വെച്ചാൽ കൊറേ ആളുണ്ടാകും ലഫ്റുഫ്രി ഓമെന്ന് പറഞ്ഞാൽ മതി കോമെന്ന് പറഞ്ഞാൽ കുറെ ആളുണ്ടാകും അതിന് ചില്ലരെ കുളിച്ചു നോക്കിയാല് ചക്ക എന്ന് പറഞ്ഞാൽ മതി ചക്കാന്ന് തന്നെ അവരുപഴുണ്ട് തൊളിച്ചോക്കിയാൽ കുറേ ഉണ്ടാകും ഇസ്മുരമ്മാൻമാൻ ഉം അപ്പൊ എല്ലാ വാഹനവും അതിന് വാഴ തുല ആലിന്റെ മുപ്പറവെന്ന് വെച്ചാല് ആലിന്റെ മുപ്പുറവെന്ന് മാന ജമ്മു അപ്പൊ ലപ്പതും മുപ്പുറത്തും മാന ജമ്മു അയാൾ ലപ്പതി അതേ ലപ്പത്തിൽ നിന്ന് എന്ത് കിട്ടൂല മുപ്പുറത്ത് കിട്ടൂല പറഞ്ഞ മാനേന്റെ മണയിൽ കിട്ടുവോ അപ്പൊ മാനേനെട്ട് മാനേ മുറ ആരന് ജമീലപ്പാ അപ്പൊ അതിനെ ഊപ്പർ എടുക്കാബിയായി അല്ല മുത്തബിയായി അപ്പൊ മാരീന ഊഫർ കിട്ടിയത് ഈ എന്ന് പറഞ്ഞു സാഹബിൻ സാഹബിന്റെ ജമ്മാ അപ്പൊ താതന്ന സാഹേബിന്റെ ജമ സബിന് വരാറില്ലാണത് അതാ കയ്യിൽ കയ്യാത്ത ഇത്രാദി ജം ോയിൻ പത്ത് കോൺ സെക്കോനി രണ്ടാമത്തെ അതിന്റെ ക്രിയാസം എങ്ങനെയാണ് വേണ്ടത് അല ആനിന്ന ബെരളി അതിന്റെ ക്രിയാസം എന്താണ് അറസ് അതിന്റെ നടുക്കൽ ഉണ്ടല്ലോ അത് ഇല്ലത്തിന്റെ അർത്ഥമാണ് سيف أسياف أبونا إلا بنا رفوقوا بليه صاحبون الحالان حال إلا بنا تعلّ الله ألكن السلم أبو أبو صواب وانا بابا صواب أصباب أبو غيرك يا طالع اللي إلا طالعنا لأن شرطان أورده عندنا إلا بغيرك يا طالع اللي إلا طالع من عند وانا صاحبون اللي أعجل كله السلم ോ ഇവിടെ ആരാഞ്ഞിരിക്കുന്നു വരയിട്ട ഇതെല്ലാം സാഹിബിൻ സാഹിബിന്റെ ജമ്മാക്കാൻ പറ്റൂലാണ് സാഹിബിൻ എന്നുള്ളത് പോലത്തെ ജമാക്കറില്ലാന്ന് സാഹിബ് ഫായിൽ എന്ന് പറഞ്ഞാല് ജമാക്കാൻ പറ്റൂല എന്തല്ല പറഞ്ഞത് എന്തോ തരത്തിലേക്ക് അളം നോക്കൂ وإنما hmm هو جمع ثلاثي اسم الثلاثي الثلاثي اسم الجمع ان ايه باب ابواب ابو صاحبين وينربت الثلاثي لله 4 جلد ومايا سوابه الفاء الحاء الباء باب وري له باب ابواب اه ودي نون اسمها وديرون نام المناكب جمع منكب نام من قبط ماذا تبتلون لذيب من قبط لذيب هل حالتني أبداً ما سيلمت كمالات هذا آيه ديني اي ويأني اي اي اي اي من قبط لذيب ترنيا الفاشران ونالعظيمة من قبط لذيب ونالعظيمة اللذي يفتخر بيها يفتخر بيها ആ മനാക്കിപ്പൊക്കെ അറിയപ്പെടും ദുഞ്ഞാവിലും ആക്കളത്തിൽ പൊക്കറും അറിയപ്പെടും ചിലപ്പോൾ ദുഞ്ഞാവിൽ പൊക്കറയപ്പോ ആകൃത്തി പറ്റാത്തത് ഓം വേലിയെ തീറ്റിക്കാനാണ് ഓനം ഭയങ്കര കൂന്നളഞ്ഞു ചിലപ്പോൾ പൊക്കറായിരിക്കും അതിന് വലിയ കൊമ്പേരുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ആകൃത്തി എന്തിനു വെച്ചാ ഇപ്പൊ ദുഞ്ഞാവിലും ആപ്പറത്തിൽ പൊക്കറായിട്ട് പറയാൻ പറ്റുന്ന കാര്യത്തിന്റെ മംഗളപത്രംന്ന് പറയുള്ളൂ മക്കളൊരക്കറുള്ള ആൾക്കാർ അപ്രചോദിക്കും മനാക്കിപ്പിൽ പാർക്കണം നിങ്ങളെ പറഞ്ഞു വെച്ച് അതിന് القرآن ويكيو لا وقال وكر الله تعالى مناكدهم في غير آيات واجع سلوات رمالا قرأة آيات للبرمس اندر حديث ورمال فما ترحف المرسول صلى الله عليه وسلم وقال في غير هديث قرأة حديث للبرمس اندر فآيات وحديث صليب عامل برم أبالي جمالي برمال تبطيلوا عن الله تبطيلوا لنا كدرون دو أحروا من ذلك مصالح الله الذين معهوا نوار إنها قرأة وريعلا عما بعد أقدم كلامك تلي ذل الشأن فهذا شرح لطيف على مقدمتي المتمات بالخديده البهيه التي لم تضعها في القواعد التوحيديه يوضح معاليها ويسيد مابانيها اجتنبت فيه الاختصار المحل وابلط فيه التطير الممل دكتور طبيه لا تحليل البراهين مع الضوائد التي يزداد بها اليقين والله اسهل ان ينفذ به كل من تلقاه بقلب سليم باين جنله خالصا لوجهه الكريم ان المولى الرؤوف الرحيم فاقول وما توفيقي الا بالله العلي العظيم بدره دع مجاب فهذا اذا അതെ താഴെ വരാൻ പോകുന്നത് കൂതരാങ്ങോട്ടേക്കാണല്ലോ ഷെറോഹൻ ഒരു ഷെറഹാൻ ലത്തീപായ ചെറഹ് ലത്തീഫ് എന്ന് പറഞ്ഞാൽ തട്ടി കുറഞ്ഞ് കടുപ്പും കുറഞ്ഞ് എല്ലാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊരു ചറഹാണ് എന്തിന് അല മുക്കിമത്തി എന്റെ ഒരു മുഖത്തിമുക്കുള്ള അപ്പൊ ഓപ്ര തന്നെയാണ് ആദ്യം മുക്കത്തിമുതിയത് ഇത് ബൈക്ക് എഴുപത്തൊന്ന വഴി വീഴ്ച ബൈറ്റ് വരിയല്ലോ ഹരിതാ അത് ആ മുഖദ്ദിമിന്റെ പേരെന്താ മുസ്തമാരീദത്തിൽ ബഹിയണം അത് ബൈത്തായിരുന്നു അല്ലത്തിൽ റഹീദ് സംബന്ധമായ അഖീതന്റെ വിഷയത്തിൽ ഞാൻ ബൈസാക്കിയതായിരുന്നു ഖരീദത്തിൽ ബഹിയ ആ മുഖ്യമക്ക് ഷർഹാം ഈ ഷറഹ് വഴിവാക്കി തരും മഹാനീയ അതിന്റെ വായനകളെ ഏതിന്റെ മുഖദ്മന്റെ ഒന്ന് വൈ വൈ ഉഷും അബാനിയഹ അതിന്റെ ലപുന്നുണ്ടല്ലോ ആ ലെപ്പുന്നതിനെ ക്രമപ്രകാരമാക്കി തരും വൈസാകുമ്പോൾ ചിലപ്പോ മുട്ടിച്ചും പിന്തിച്ചും തല ചിട്ടകളിലുണ്ടായി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും അതെല്ലാം ലപലാക്കിട്ട് ലെപ്പുന്നതല്ല കോടതി ശരിയാക്കി തരും ചിറങ്ങൾ വൈസാഖമ്മ നവുറത്തിൽ വൈദ്യുണ്ടാക്കും കടയിലും കുടിക്കലും പാലും കുടിക്കലും പല ഭേദഗതി ഉണ്ടാക്കലുണ്ട് അതൊക്കെ ശരിയാക്കിത്തരും പിന്നെ ഇജിത്തനപുത്ത് പിറഹിൽ ഞാൻ കൈപൊടിഞ്ഞിട്ടുണ്ട് അല്ലെഫ്തിസാൽ മുഹില്ല ആശയങ്ങൾക്ക് അടച്ച വരുത്ത രീതിയിലുള്ള എഫ് തിസാർ ചുരുക്കി ആശയം അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ ആശയം കളഞ്ഞാത്ത വിധത്തിലുള്ള എഫ് തിസാർ ഉണ്ടാകാമൊന്നു അല്ലേ വാ അതും ഞാൻ കൈയൊഴിഞ്ഞ ഫീഹി ഷെറഹിൽ അനു തത് മൊമ്മി നൂറ്റി പതിനെട്ട് മറ്റുള്ളവർക്ക് മടുപ്പുണ്ടാക്കുന്നുണ്ടല്ലോ ആ जा रहे नुർട്ടറഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ മുഹല്ല അല്ലാത്ത മുർട്ടലും മുഹല്ല അല്ലാത്ത മുർട്ടലും ഉണ്ടോ എന്ന് ദൈ പറയുന്നത് അപ്പോൾ എന്താ കിട്ടാവുന്നണ്ട് ഇختിصار ഉണ്ട് പിന്നെ തവവീൽ ഉണ്ടോ নাই ഇختിصار ഉണ്ട് പറ്റണ്ടിച്ചില്ല മുഹല്ലാണോ മാത്രയല്ല ഇതിനെ ഇختിصار ഇല്ല എന്ന് പറഞ്ഞ പറ്റില്ലല്ലോ ഒരു കൈ മുഖയ്യദായ ഒരു സാധനം നബി ചെയ്തുകൊന്ന മുത്തടില്ല എന്ന് വെല്ലല്ലോ മുഹില്ലായ് ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് ടി ഡി എഫ് ഇത്താറില്ലെന്നില്ല മുഖയ്യത്തിന്റെ ലബി എന്താക്കൂല മുക്കില്ലത്തിന്റെ ലബിയിൽ ആദ്യമാക്കൂലല്ലേ മന്ത്രിക്ക് ഒന്നിനെ ആണ് മന്ത്രിക്ക് ആവശ്യം പെറ്റ ചായ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് എന്ന് വരൂല പച്ച ഇല്ല എന്ന് വരൂല എന്തുകൊണ്ട് പച്ചത്തിനും മുഖയ്യതാണ് ചായ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞതിനാൽ പച്ചവെള്ളം ഇല്ല എന്ന് വരൂല അതുപോലെ മുഹിൽ മുഖില്ലായ്താവും ില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തീരെ എത്തിച്ചാറില്ലെന്ന് വരുമോ എത്തിക്കാടുണ്ട് ഒന്ന് പിന്നെ മുമ്പില്ലായ തകവീലല്ല എന്ന് പറഞ്ഞത് കൊണ്ട് തപതിൽ തീരെ ഇല്ലാന്ന് വരുമോ അപ്പൊ എന്റെ കിട്ടാബിലെന്തൊണ്ട് എത്തിക്കാറുകൊണ്ട് തൊട്ടതിൽ കൊണ്ട് വന്ന സ്ഥാനത്തായി പരസ്പരം കൂടി നമ്മൾ വിലട്ടു അല്ലേ ആ പറയാം അത് വേറെ ഉറപ്പിക്ക ചുരുക്കി പറഞ്ഞ കാര്യം തിരഞ്ഞെടുക്കട്ട് ചുരുക്കി തന്നെ കൂടെ പോകും നീട്ടി പറഞ്ഞാലേ കാര്യം നടക്കുള്ളൂ എന്നാണ് നെട്ടീറ്റം പറയൂ അതന്നെ അപ്പൊ ഒരേ വേദി രണ്ടെണ്ണം ഒരുമിച്ച് കൂടിയെങ്കിലല്ലേ പ്രശ്നം വരുന്നുള്ളൂ പിന്നെ വക്കത്തെ തകർത്തു പിഹി ഞാൻ ഈ ഷറഹിൽ ചുരുക്കിയിട്ടുണ്ട് മതിയാക്കിയിട്ടുണ്ട് അനാ തെഹലീൽ ഓരോ ബുറഹാൻ ഉണ്ടാവുള്ളൂ അനുശേദ്യമായ തെളിവ് എന്താ പറയാ ബറാഹീൻ ഖുർഹാൻ കൊണ്ടോ അതീദ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേ അക്രിയ ദലീൽ കൊണ്ടോ ഉള്ള ബുറുഹാൻ അതാത്മാണെന്നവിടെ ബറാഹിൻ സാധാരണ വളയിൽ അക്രിയാ ദലീലിലാണ് മറ്റേ ദലീൽ എന്ന് പറയും ഇനി ബുറഹാൻ എന്ന് പറയും ദലീൽ ബുറഹാൻ എന്ന് പറഞ്ഞാല് അക്ലി ഇവിടെ ബറാഹീൻ രണ്ടും കൂടെ ഉൾക്കൊള്ളിച്ചുണ്ടാവും അത് അക്ലിയു ആകാ സറിയു ആക അതോടൊപ്പം അപ്പം ബറാഹീനിനെ തഹരീറാക്കും ബുറഹാനുകൾ എന്താ പറഞ്ഞാലും ശരിക്ക് ക്ലിയറാക്കി പറയുന്നു അതോടൊപ്പം മറ്റുള്ള ആളുകൾ ഈ വിഷയത്തിൽ പറഞ്ഞ ശുഭാഗത്തുണ്ടാവില്ല ഇന്ന പാർട്ടിക്ക് ഇന്ന ശുഭാത്തുണ്ട് ഇന്ന പാർട്ടിക്ക് ഇന്ന അഭിപ്രായം ഉണ്ട് അതൊന്നും പറയില്ല ാവശ്യ മസര അതിന്റെ ഗുർഹാൻ അതുകൊണ്ട് ചുരുക്കും ഏതോടൊപ്പം മഹൽ വേറെ ചില പായുധകളോടൊപ്പം അത് വേറെ ഉണ്ടാവും എങ്ങത്തെ പായുത അല്ലത്തെഹ ആ പായുധ കൊണ്ട് ഏറും അൽ ജീ ജീതും ചില ശാസ്ത്രീയമായ ഓട്ടങ്ങൾ ചില ഏതെല്ലാം ഇങ്ങനെ കിടക്കുന്നു പായുതകൾ ഈ ഷെറഹീൻ എന്തെല്ലാം മഹത്വം ഉണ്ടെന്ന് പറഞ്ഞാട്ടെ രണ്ടാണെന്ന് പറയുന്നുണ്ട് ഞമ്മക്ക് എണ്ണി ഏഴിയ കാണുന്നുള്ളൂ ാണ് മുറ തോണ്ട് പിന്നെ എന്റെ മുഖ്യമന്റെ മായനകൾ അത് ഒഴിവാക്കിത്തരും അത് ചുമല വൈശ്യീയഹ അതിന് ലഹുതകളെല്ലാം ക്രമീകരിച്ച് തയ്യാറാക്കിത്തരും മൂന്ന് ഞാനതിന് മുഹില്ല എത്തിത്താലും ഒട്ടുകൊണ്ടിട്ടില്ല പിന്നെ ആളെ അടപ്പിക്കുന്നതായിട്ടുള്ള പദ്ധതിയിലും ഇല്ല അഞ്ച് പിന്നെ പറാഹീനുകളെല്ലാം ഞാനത് ശരിക്കും കൈകളാക്കിട്ട് പറയുന്നുണ്ട് ആറ് കൊറേ പവാായിനുകളും ഉണ്ട് അതുകൊണ്ട് ഏറുന്നതാണ് ഏഴ് സാരി കയറുന്നിട്ടുണ്ടെന്ന് പിന്നെന്താക്കണം പിന്നെ എട്ടാമത്തെ കൂട്ടണമെങ്കിൽ അത് മറ്റൊരു കിതാബിനുമല്ല എന്റെ അക്കായിത്തോ രീതിയിൽ ഉണ്ടാക്കിയ വൈത്താകുന്ന ഒരു കരിത ഈ കിതാബ് അതിനുണ്ടാക്കിയ സറഹമാകുന്നു എന്ന് പറയും കിട്ടണ്ടായി പല കിതാബുകളുണ്ട് അതിനുള്ള കളകല്ല അൽ ഖലീദ് അതുബിയ എന്ന് പേരു കൊടുക്കപ്പെട്ട അകാലത്തോഹീദുണ്ടാക്കിയ ബെയ്സിന്റെ കരി മുഖീമ എന്ന് പറയുന്നു മുഖദ്മെന്ന് പറയാൻ കാരണം വലിയ കിതാബിലേക്കുള്ള രാമകമായിട്ടാണ് ഊപ്പറി ബെയ്സിലുണ്ടാക്കിയെന്ന വിശദീകരണങ്ങളൊക്കെ വലിയ കിതാബിൻ തോടിക്കോട്ടെ അതിന് എല്ലാം പോയി അപ്പൊ അതുപോലെ കൂട്ടുകയാണെന്ന് കേൾപ്പിച്ച് ശരിയായി